ുഖനിധനം കോസലേഷു ഋഷ്യശൃംഗേ പുത്രീയാഷ്ടദുഷി ദശരഥക്ഷഭൃതേ പായസഗ്രി തദ് തത്പുരന്ധ്രീഷവി തിസൃഷു സമതഗർ സുജാത രാമസ്വം ലക്ഷ്മണേന ി ശത്രുഘ്നാമു രണ്ട് ദശകങ്ങളായിട്ട് രാമായണം പറയുന്നു ഭാഗവതം പോലെയല്ല നാരായണീയത്തിൽ രാമായണം ഭാഗവതത്തിൽ ശ്രീശുഖബ്രഹ്മ മഹർഷി ഒരു ഓട്ടമോടി രാമായണകഥ രണ്ട് അധ്യായത്തിലും പറഞ്ഞു ഭാഗവതത്തിന് भागवत साधारण और अध्याय भटदि और श्लोक चुरख भागवत पर दशक वाकण चुर पर अलस्वल मेवन्म प्रार्थि भगवा रामलक्ष्मण भरतशत्रुघ्नव रामत രാമലക്ഷ്മണഭരത ശത്രുഘ്നന്മാരായിട്ട് ഭഗവാൻ അവതരിച്ചു ജാതഗർഭാസു ജാതഹ ഒരാള് തന്നെ ജാതഹ ഒരാള് തന്നെ ഒരാളെ നാലായിട്ട് ജനിച്ചു അങ്ങനെ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമത ഭരതേനാപ്പി ശത്രുഘ്ന നാം രാമാവതാരത്തിൽ മുഖ്യമായ തത്വം മനുഷ്യാവതാരമാണ് കൃഷ്ണാവതാരം പോലെയല്ല വാൽമീകിക്കും ഉണ്ടാവുന്ന സംശയം മനുഷ്യൻ എന്നാണ് കോൺവസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കഷവീര്യവാൻ ധർമ്മജ്ഞ കൃതജ്ഞ സത്യവാക്യോ ദൃഢവ്രത ഒരു മനുഷ്യൻ അപ്പൊ മനുഷ്യനായിട്ട് തന്നെയാണ് ഭഗവാൻ വാൽമീകി രാമായണത്തിൽ പ്രകാശിക്കുന്നത് സീതാപരിണയത്തിന് ശേഷം മുഖ്യമായി വാൽമീകി രാമായണം അയോധ്യാകാന്ഡ തൊട്ട് തുടങ്ങണം ബാലകാന്ഡം ഒക്കെ ഇങ്ങനെ നേരെ പോകും അയോധ്യാകാന്ഡത്തില് പട്ടാഭിഷേക വിഘനം അവിടെ നിന്നാണ് രാമായണ ആരംഭം ശരിക്കും പട്ടാഭിഷേകം വരെ ഒരേമാതിരി വരും കഥ ഒരു സാധാരണ മനുഷ്യന്റെ കഥ അവിടെയാണ് മുഖ്യമായിട്ടൊരു വഴിത്തിരിവ് ഉണ്ടാവുന്നത് നാളെ പട്ടാഭിഷേകം എന്ന് നിശ്ചയിച്ചു രാമന് പട്ടാഭിഷേകം പട്ടാഭിഷേകം നിശ്ചയിച്ചു यातुका तातारब्धो तत्क्तो अभिषेक तव खलु विहत अभिषेक रपा नाच भरत शत्रुघ्न नाटिल इलामे पटाभिषेकम दशरथन निर्बंध अमरे पटाभिषेक निश्चय समय ദേവന്മാർ ആലോചിച്ചു ഭഗവാൻ അവതരിച്ചത് രാവണ നിഗ്രഹത്തിന് മുഖ്യമായിട്ട് അങ്ങനെയുള്ളപ്പോ പട്ടാഭിഷിക്തനായിട്ട് കൊട്ടാരത്തിൽ താമസിച്ചാൽ ശരിയാവില്ല ധർമ്മത്തിന് ലോകത്തിന് കാണിച്ചു കൊടുക്കണം രാമായണ കഥ ഇവിടെ നടക്കണം പട്ടാഭിഷേകം ചെയ്ത് സാധാരണ രാജാവായി ജീവിച്ചാൽ പറ്റില്ല അപ്പൊ ദേവന്മാര് സ്പെഷ്യലായിട്ട് ഒരാളുടെ ഉള്ളിലേക്ക് കയറിക്കൂടി ആരുടെ ഉള്ളിലേക്കെന്ന് വെച്ചാൽ മന്ധര അവളുടെ ശരീരത്തിലേക്ക് ദേവതകൾ പ്രവേശിച്ചു അത്രയും ഞാതിദാസീയതോ ജാതാം കൈകേയാം പ്രാസാദം ചന്ദ്രസങ്കാശം ആരുചയാ മന്ധരയുടെ പേരെ പട്ടതി പറഞ്ഞില്ല അവിടെ ചുരുക്കി താതാരബ്ധോ അഭിഷേക പാവം കൈകൈകിയുടെ തലയിൽ ിയെ ബുദ്ധി അളക്കിയത് മന്ധരയല്ലേ മന്ധര പ്രാസാദത്തിലേക്ക് കയറി അന്ന് പട്ടാഭിഷേകത്തിന് ഏർപ്പാട് ചെയ്തിരിക്കുമ്പോ ഇവളെവിടുന്ന് ആ വന്നു വയസ്സായ ആ മുത്തശ്ശിക്ക് ഇപ്പൊ കയറാതെ എന്താപ്പോ എന്ന് വെച്ചാ ദേവതകൾ കയറ്റിയത്ര അവളെ പിടിച്ച് അവൾ കൂനിക്കൂനി മോളിൽ കയറി നോക്കിയപ്പോ അയോധ്യ മുഴുവൻ ഉത്സവ പ്രതീതി അപ്പോഴാണ് എന്താണ് ചോദിച്ചോ അവളെങ്ങനെയുള്ളവളാന്ന് വെച്ചാൽ യാമേ ബാഹു നിശിചരകുല ഉന്മൂലനേ മൂലഹേതും യശിത്തം പ്രകൃതികൂട്ടിലം ഗാത്രമിത്രം ബഭൂവാം അന്ധാര സാമാന്യപ്പെട്ടവളല്ല ശമ്പൂകാരൻ പറയണത് രാക്ഷസകുലത്തിനെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനായിട്ട് ജനിച്ചവൾ അവളില്ലെങ്കിൽ രാക്ഷസകുലം നശിക്കില്ല അവളാണ് മൂലഹേതു അവളുടെ ചിത്തവും കുടിലം ശരീരവും കുടിലും പ്രകൃതി കുട്ടിലം ഗാത്രമിത്രം ബബൂവ അതുകൊണ്ട് ശരീരവും മനസ്സും ഫ്രണ്ട്സായിട്ട് തീർന്നു അത്രേ രണ്ടും കുടിലമായതുകൊണ്ട് അങ്ങനെയുള്ളവൾ കൈകൈകിയുടെ ചിത്തം ഇളക്കിവിട്ടു നമുക്ക് കഥയൊക്കെ അറിയാൻ രാമായണം പറയാൻ സമയമില്ല അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ഘട്ടം നാളെ പട്ടാഭിഷേകം എന്ന് ഭഗവാനോട് പറഞ്ഞു അപ്പോ സന്തോഷമായി അപ്പോഴും സമ്മതിച്ചു സ്ഥിതപ്രജ്ഞസേക്കാ ഭാഷ നാളെ പട്ടാഭിഷേകം എന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചു അതേ രാമനെ വിളിച്ചിട്ട് കൈകി പറഞ്ഞു ചതുർദശ വർഷാണി ദണ്ഡകാരണ്യമാ പതിനാല് വർഷം ദണ്ഡകാരണ്യത്തിലിരുന്ന് ചീരാദിനധരനായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞ ഉടനെ ഏവമസ്തു ഗമിഷ്യാമി വനം വസ്തു അഹം ത്വിത ശരി ഏവം അസ്തു അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു അത്രേ ഭഗവാൻ പതുക്കെയല്ല മനസ്സുകൊണ്ട് ആദ്യമേ കാട്ടിലേക്ക് പോയ ശേഷം വായുകൊണ്ട് പറഞ്ഞു ശരിയെന്ന് അങ്ങനെയാണ് അല്ലാതെ കാട്ടിലേക്ക് പോവാം എന്ത് വായുകൊണ്ട് വെറുതെ പറഞ്ഞിട്ട് പുറപ്പെട്ടതല്ല താതോക്യാതുകാമോവനം അനുജവധൂസംയുത ശാപധാരുഹനിലയഗതത്വം ജാ ചീരധാരി വാൽമീകി രാമായണം പഠിച്ചിട്ടുള്ളവർക്കറിയാം മുഖ്യമായ ഘട്ടങ്ങളെ മുഴുവൻ അവിടെ അവിടെ അവിടെ അവിടെ ചേർത്ത് ജഡധരിച്ചത് പോലും വിട്ടില്ല വാൽമീകി രാമായണം പറയാൻ ഒരു കരട് രൂപം നമുക്ക് വേണമെങ്കിൽ അത് എല്ലാം പോയിന്റ്സ് ഇവിടെ കിട്ടും മഠനിരയുടെ വാക്കുകളിൽ ജടാ ചീരധാരി പോയിട്ട് ഗുഹന്റെ അടുത്ത് ചെന്നിട്ടാണ് ജഡധരിക്കുന്നത് എന്നിട്ടോ നാവാസന്ധീര്യ ഗംഗം ഗംഗയെ കടന്നതുപോലും പറഞ്ഞു എന്താന്ന് വെച്ചാൽ അത് മുഖ്യമാണ് കാട്ടിലെത്തി ഗംഗയെ തരണം ചെയ്യുന്നു തോണിയിൽ തോണിയിലിരുന്ന് ഭഗവാൻ ദൈവീനാഭം മുതലായ ഋഗ്വേദസൂക്തങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് അങ്ങനെ ഗംഗയെ തരണം ചെയ്തു തോണിയിലേക്ക് കയറുമ്പോ ഗുഹന് ഭഗവാന്റെ പാദപ്രക്ഷാളനം ചെയ്യണം എന്ന ആശ രാമാവതാരത്തിൽ അത്ര എളുപ്പത്തിലൊന്നും ഭഗവാൻ സമ്മതിക്കില്ല അപ്പൊ ഗുഹൻ പറഞ്ഞു അത്രേ വാൽമീകി രാമായണത്തിലല്ല ഇത് മാന രാമചരിത പറഞ്ഞു ഭഗവാനെ പണ്ട് അങ്ങയുടെ കാല് തട്ടിയിട്ട് ഒരു കല്ല് പെണ്ണായി ഇപ്പൊ എന്റെ ചങ്ങാടം പെണ്ണായാൽ എന്റെ വയറ്റപ്പഴപ്പ് പോകും അതുകൊണ്ട് ആ കാലിൽ എവിടെയെങ്കിലും മണ്ണ് വലതുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒന്ന് കഴുകട്ടെ എന്നിട്ട് കയറിക്കൊള്ളാന്ന് പറഞ്ഞു എന്നാണ് അങ്ങനെ തോണിയിലിരുന്ന് അക്കര കൊണ്ടാക്കി ഭഗവാൻ കരഞ്ഞു ഗുഹനെ നോക്കി ഭഗവാൻ കരഞ്ഞു ഒരു വാഹനത്തിൽ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടുപോയാൽ അയാൾക്ക് എന്തെങ്കിലും കൂലി കൊടുക്കണം ചക്രവർത്തിയുടെ പുത്രനായിട്ട് ഇരുന്നിട്ടും ഗുഹനു കൂലി കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ അപ്പൊ ഗുഹൻ പറഞ്ഞു ഭഗവാനെ ഒരേ വേല ചെയ്യുന്ന രണ്ടു പേര് ഈ ബസ്സിലെ കണ്ടക്ടർ ആ ബസ്സിൽ കയറിയാൽ അവിടെ കാശ് കൊടുക്കണ്ട ഒരേ വേല ചെയ്യണത് രണ്ടുപേര് കാശ് വാങ്ങിക്കില്ല രണ്ടുപേരും ഒരേ വേല ചെയ്യണത് ഞാൻ ഈ നദിയെ കടത്തിവിടുന്നു അങ്ങ് സംസാര സമുദ്ര കർണധാരം അതുകൊണ്ട് ഈ ഗംഗയെ കടത്തിവിട്ടതിന് പകരമായിട്ട് എന്നെ സംസാര സമുദ്രം തരണം ചെയ്യിക്കാം എന്ന് വാക്ക് തന്നാ മതി നാവാസന് തീര്യ ഗംഗാം അതിപതസ്ഥം ഭരജമാരാത്ത് കണ്ടു നത്വാ അതിസുഖമവസഹ ചിത്രകൂടെ ഗിരീന്ദ്രേ ചിത്രകൂടത്തിൽ പോയി അതിസുഖം അവസുഖമായിട്ട് വസിച്ചോ അത്ര രാമാവതാരത്തിൽ കാട്ടിൽ വസിക്കുന്നത് എന്തു സുഖമറിയോ ആൽമീകി രാമായണം വായിക്കണം അധ്യാത്മരാമായണം കിളിപ്പാട്ട് കമ്പരാമായണമൊക്കെ വായിച്ചാൽ അതിന് വേറിയൊരു രുചി അധ്യാത്മരാമായണത്തിലൊക്കെ ആധ്യാത്മികമായിട്ടുള്ള തത്വങ്ങൾ നമുക്ക് കിട്ടും അത് വാൽമീകി രാമായണത്തിലെ കിട്ടില്ല യാത്ര കണ്ട് ഔപനിഷിതമായിട്ടുള്ള തത്വങ്ങളൊക്കെ അധ്യാത്മരാമായണത്തിലെ തുഞ്ചത്തൈത്തച്ഛനും വ്യാസൻ സംസ്കൃതത്തിലും പറഞ്ഞു വെച്ചു പക്ഷേ വാൽമീകി രാമായണത്തിന്റെ സൌന്ദര്യം ഒന്ന് വേറെ ഭഗവാൻ ചിത്രകൂടത്തിൽ ഇരിക്കണു എന്ന് വാൽമീകി പറയണത് നമ്മൾ ഒറിജിനലായിട്ട് വായിച്ചു എന്നുവെച്ചാൽ നമ്മൾ ചിത്രകൂടത്തിൽ ഇരിക്കും അവിടുത്തെ ആ ആ പർവ്വതങ്ങളും ആ നദിയും അവിടുത്തെ കുളിർമയും ആകാശത്തിന്റെ നീലിമയും പൂത്ത് കൊലച്ചു നിൽക്കുന്ന കാടുകളും ആ പുഷ്പങ്ങൾ വീണ് ഒഴുകുന്ന നദിയും ഭഗവാന്റെ വർണ്ണനയും ഒക്കെ അദ്ഭുതമായിട്ട് ആ ചിത്രകൂടത്തിൽ അതിസുഖം അവസഹ ഭഗവാൻ സീതാദേവിക്ക് കഥയൊക്കെ പറഞ്ഞുകൊടുത്തുകൊണ്ട് അങ്ങനെ ഇരുന്നു അത്ര നദിക്കരയിൽ ചിത്രകൂടത്തിൽ കാമതകിരിയുടെ അടുത്ത് അവിടെ ഒരു നദി ഒഴുകുന്നു മന്ദാഗിനി നദി ആ മന്ദാഗിനി നദിയെ കാണിച്ചുകൊണ്ട് ഭഗവാൻ സീതാദേവിയോട് പറഞ്ഞു എന്തു സുന്ദരം നോക്കൂ ആ നദി ഇങ്ങനെ കുത്തി ഒലിച്ചു സ്പടികം പോലെയുള്ള വെള്ളത്തിൽ അല്പം മഞ്ഞ നിറം വൃക്ഷങ്ങളിൽ നിന്ന് വീണന്തൊട്ടുള്ള വീണിട്ടുള്ള മഞ്ഞ പുഷ്പങ്ങള് അങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകി ഒഴുകി ഒഴുകി അതൊക്കെ കാണിച്ച് സീതാദേവിയോട് പറയുന്നു ഇതം അമൃതം പ്രാഹൂ ഇതുകൊണ്ടാണ് രാജ ഋഷികള് സീതെ കൊട്ടാരത്തിലുള്ള ജീവിതം തുച്ഛം എന്ന് പറഞ്ഞിട്ട് അവസാന കാലത്ത് ഈ കാട്ടില് വന്ന് ഇങ്ങനെ വന്ന് സുഖമായിട്ടിരിക്കണ എന്തു സുന്ദരമായ വനപ്രദേശം എന്തൊരു ദൃശ്യം മനസ്സിന് എത്ര ശാന്തി അതാണ് അതിസുഖമവസഹ ചിത്രകൂട്ടേ ഗിരി ചിത്രകൂട പർവതത്തിൽ സുഖമായിട്ട് വസിച്ചു കുറച്ചു ദിവസം അങ്ങനെയിരിക്കുമ്പോഴാണ് ദശരഥ മഹാരാജാവ് നാടുനിങ്ങിയത് ശ്രുവാ പുത്രാർത്തിഖിന്ന ഖലു ഭരത മുഖാത്തി സ്വർഗയാതും സ്വതാത്തോ ദമ്പു തസ്മൈ ഭരദേ പാതുകാം ഭരതന് ഈ വാർത്ത കേശത്തിന് കൊണ്ടുചെന്ന് എത്തിച്ചു അച്ഛൻ മരിച്ചു ഭരതൻ കൈകേകിയെ നിന്ദിച്ച് ഞാൻ രാജാവല്ല എനിക്ക് രാജ്യം ഭരിക്കാനുള്ള യോഗ്യതയില്ല രാമപാദുകാദാസനാണ് ഞാൻ എന്ന് പ്രതിജ്ഞതയത് അയോധ്യയിൽ നിന്ന് പ്രജകളോടുകൂടെ ഭരതൻ വരുകയാണ് ഓരോരു ഭരതെ ആ ഭാഗം നമ്മള് കണ്ണീര് വിടാതെ വായിക്കാൻ പറ്റില്ല രാമായണത്തില് കരഞ്ഞുകൊണ്ടേ വരുന്നു നാട്ടില് വന്ന് ഓരോരുത്തരും ഭരതനെ നിന്ദിക്കും ഭരതനെ കാരണമാണ് രാമൻ കാട്ടിൽ പോയതാണ് ഭരതന് പാവം ഒന്നും അറിയില്ല ആദ്യം കൌസല്യാദേവി നിന്ദിക്കും ഹാ ഹാ എളുപ്പത്തിൽ രാജ്യം കിട്ടിയല്ലോ തനിക്ക് എന്ന് നിന്ദിക്കും അപ്പോ ഭരതന്റെ അവസ്ഥ വാൽമീകി പറയണത് വ്രണേവ സൂചിന ഒരു വ്രണമുണ്ട് ആ വ്രണത്തിൽ കയറ്റിയാൽ എങ്ങനെയുണ്ടാവും അതുപോലെ വേദന അങ്ങനെ വേദനിച്ച ഭരതൻ ഒരു സർഗം മുഴുവൻ ശാപത്തിനു മേലെ ശാപം തനിക്ക് തന്റെ മേലെയാണ് രാമന് വനവാസത്തിന് താൻ കാരണമാണെങ്കിൽ ഈ ശാപമൊക്കെ തന്റെ മേലെ വീഴട്ടെ എന്ന് അങ്ങനെയുള്ള ഭരതൻ കൗസല്യാദേവി ഭരതന്റെ ഈ പരിശുദ്ധ പരിശുദ്ധി കണ്ടിട്ട് കൗസല്യാദേവി അതിലും രാമന്റെ വനവാസത്തിനെക്കാളും ദുഃഖം ഭരതന്റെ ദുഃഖമായിട്ട് മാറി കൗസല്യക്ക് അങ്ങനെ ഭരതൻ ഇവരെ എല്ലാരെയും കൂട്ടിക്കൊണ്ട് കാട്ടിൽ വന്നു പിന്നെയും സംശയിച്ചു ആര് ഒരു കാട്ടാളൻ ഗുഹൻ ഭരതൻ വരണത് കണ്ടപ്പോൾ സൈന്യത്തോടെ വരുന്നത് കണ്ടപ്പോൾ കാട്ടിലും രാമനെ സൗഖ്യമായിട്ട് ഇരുത്തില്ല തോന്നുന്നു ഭരതനെ വിളിച്ചു ചോദിച്ചു इंते महती सेंकाजनये अंगी वाली सैन्य का शंक तो कचिन्नो दुष्टो व्रजसी राम अक्ष्ट कर्मण रामेम विरोधम वचाणो वरणत चोदच वाक अवड़ू तमेविभाषं तम आकाश निर्मल മേഘങ്ങളില്ലാത്ത നിർമ്മലാകാശം പോലെ ഹൃദയമുള്ള ഭരതനെ സംശയിച്ചു അങ്ങനെയുള്ള ഭരതൻ വാൽമീകിയും ഭരദ്വാചനയും കണ്ട് ചിത്രകൂടത്തിൽ വന്ന് ഭഗവാന് പിതൃനിര്യാണം അറിയിച്ചു അച്ഛൻ മരിച്ചതറിയിച്ചു തപ്തോ ഭഗവാനും കരഞ്ഞു ദംബു ശ്രാദ്ധം ചെയ്തു पादुका मेदिनी पादुक राज्य भरत शिसे वचत्रकूट तो अत्रित्पुम दंडक चंडकायु शिम अत्रिमहर्ष आश्रम सुंदर दृश्य ഭഗവാന് ഒരു ഇരുപത്തിയഞ്ചു വയസ്സ് സീതാദേവിയോ കൊച്ചുകുട്ടി രണ്ടുപേരും കൂടെ അത്ര മഹർഷിയുടെ ആശ്രമത്തിൽ കയറി അത്ര മഹർഷിക്കേ വയസ്സായിരിക്കുന്നു വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു അപ്പൊ ആശ്രമത്തിൽ പോകുമ്പോ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രൻ വന്നിരിക്കണു എന്നറിഞ്ഞാൽ ആശ്രമത്തിൽ കുടീരത്തിന്റെ ഉള്ളിൽ ഈരിട്ടു അവിടുന്ന് ഇറങ്ങി വന്നു അത്ര മഹർഷി രാമനെ പിടിച്ചു നിർത്തി വെയിലത്ത് നിർത്തി ഇങ്ങനെയോ നോക്കിയത്രെ മുഖം പിടിച്ച ഓരോ ഭാഗമായിട്ട് ലക്ഷണം ഒരു കൊച്ചുകുട്ടിയെ പേരക്കുട്ടിയെ മുത്തശ്ശൻ നോക്കണ പോലെ അത്രിഹർഷി നോക്കി എന്നിട്ട് സീതാദേവിയെ നോക്കി പരമവാത്സല്യത്തോട് പറഞ്ഞു സീതയെ അകത്ത് ഒരു പഴുത്ത പഴം ഇരിക്കണു ഒരു ഭർത്താവ് ഒരു പത്നിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു കോംപ്ലിമെന്റ് അങ്ങനെയുള്ള ദമ്പതികളാണ് അത്രി മഹർഷി അനസൂയദേവിയെ സ്വവാക്ക് കൊണ്ട് പറഞ്ഞു മഹാതപസ്വിനി അവളെപ്പോലെ തപസ്വിനി ലോകത്തിൽ ആരെയും കാണാൻ പറ്റില്ല അതുകൊണ്ട് സീതയെ പോയി അവളുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് വരുമെന്നാണ് സീതാദേവി അനസൂയാദേവിയെ കാണാൻ പോകുന്നത് അതിനേക്കാളും സുന്ദരം എങ്ങനെയിരിക്കുന്നു ഫലിതാംപന പ്രവാത്തെ തലയൊക്കെ നരച്ച് വെള്ളിക്കമ്പി പോലെ ഇരിക്കണു എത്ര അനസൂയാദേവിക്ക് വാൽമീകി രാമായണത്തിൽ ആശ്രമങ്ങളും ഋഷികളുമാണ് സൗന്ദര്യം കണ്ണുകളൊക്കെ ഇങ്ങനെ അഗ്നി പോലെ ജ്വലിക്കണോ എന്നാണ് തപശക്തി കൊണ്ട് തലയൊക്കെ നരച്ച് വെള്ളിക്കമ്പി പോലെ ആയിരിക്കുന്നു ശരീരമൊക്കെ ആടിയിട്ട് വാഴ കാറ്റില് വാഴ ആടണതുപോലെ ആടണമെന്നാണ് തലയും കാലും കയ്യുമൊക്കെ വേപമാനാങ്കിയും പ്രവാതേ കദളീയഥ സീതയെ ലാളിച്ച് വാത്സല്യത്തോടെ പലേ തത്വങ്ങളും അനസൂയാദേവി ഉപദേശിച്ചു അത്രം നത്വതത്വ വനമതിവിപുലം ദണ്ഡകം ചണ്ടകാധം സുഗതിമകലയ दैत्यन विराधन शरभंगन उत्तम अगस्त्य महर्षिये का आश भगवा दक्षिण दिख ले वराने कगस्त का शरभंगन ശ്രീരാമചന്ദ്രൻ അവിടെ വരുമ്പോൾ ഇന്ദ്രന്റെ രഥം അങ്ങനെ നിൽക്കുകയാണ് അവിടെ ഇന്ദ്രൻ ശരഭംഗന്റെ തപസിന്റെ ഫലമായിട്ട് സ്വർഗം കൊടുക്കാനായി സ്വർഗത്തിലേക്ക് വിളിക്കാനായി ശരഭംഗനെ വിളിച്ചുകൊണ്ട് പോവാൻ വന്നിരിക്കുക അപ്പൊ ശരഭംഗൻ പറഞ്ഞു സാക്ഷാത് ശ്രീരാമചന്ദ്രൻ എന്റെ ആശ്രമത്തിലേക്ക് വരും അപ്പൊ ഭഗവാൻ ആതിഥ്യസത്കാരം ചെയ്യാതെ എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ് ഇന്ദിരനെ തിരിച്ചയച്ചു ഭഗവാൻ വരുന്നത് കണ്ട് ഇന്ദ്രരഥം പോയി അപ്പോഴാണ് ഭഗവാൻ അവിടെ വരുന്നത് ശരഭംഗൻ ഈ ഋഷികളൊക്കെ തന്നെ അവരവരുടെ തപസിനെ കയ്യിൽ വെച്ചിരിക്കുക അവതാരപുരുഷൻ എന്ന് പറയുന്നത് ഒരു ചാനലാണ് ഋഷികൾക്ക് ആർക്കും അധർമ്മത്തിനെ ഇല്ലാതാക്കാൻ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല പക്ഷെ അവരുടെ കയ്യിൽ തപസ്സുണ്ട് ആ തപസ്സൊക്കെ അവതാരപുരുഷനിൽ നിക്ഷേപിക്കപ്പെടും അപ്പൊ ഇവരൊക്കെ തപശ്ശക്തിയെ ഭഗവാന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ഓരോരുത്തരും ഇരിക്കയാണ് അതുകൊണ്ടാണ് വിശ്വാമിത്രൻ കുട്ടിക്കാലത്ത് യാഗരക്ഷയ്ക്ക് വിളിക്കാമെന്നപ്പോവേ പറഞ്ഞു അഹംവേത്നി മഹാത്മാനം രാമം സത്യപരാക്രമം വസിഷ്ഠോപിത മഹാതേജാഹേചാന്നിയെ തപസിസ്ഥിതാഹ ഈ ഭാരതവർഷത്തിൽ എവിടെ എവിടെ ഋഷികൾ തപസ് ചെയ്തുകൊണ്ടിരിക്കണോ അവർക്കൊക്കെ ഈ രാമൻ എന്തിന് ജനിച്ചിരിക്കണോന്നറിയാം അപ്പൊ അങ്ങനെയാണ് ശരഭംഗനും ഇരിക്കണത് ശരഭംഗൻ തന്റെ തപശ്ശക്തി മുഴുവൻ രാമനെ ഏൽപ്പിച്ചു രാമൻ പറഞ്ഞു എന്റെ തപസ് ഞാൻ സമ്പാദിക്കണ്ടേ എന്നാലും ഈ തപസ് സ്വീകരിക്കണം അങ്ങേടെ ഏൽപ്പിക്കാനാണ് ഈ സിദ്ധി ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല രാവണപഥത്തിന് ഇതൊക്കെ വേണം അങ്ങനെ ശരഭംഗന് ഭഗവാന്റെ സന്നിധിയിൽ തന്നെ ശരഭംഗൻ സ്വയം അഗ്നിപ്രവേശം ശാരൂഭോ ശാരഭംഗി ശരഭംഗന്റെ ഇതായിട്ടൊരു പദം അതാണ് ശാരഭംഗി എന്നിവിടെ ഭട്ടത്തി അതിനെ തന്നെ ഒരു പദമാക്കി ചേർത്തു ശാരൂബോ ശാരഭംഗിയവിടുന്ന് പുറപ്പെട്ടു നത് അഗസ്ത്യം അഗസ്ത്യനെ കാണാനായിട്ട് ആദ്യം ലക്ഷ്മണനെ പറഞ്ഞു ലക്ഷ്മണന്റെ അടുത്ത് ചെന്ന് ശ്രീരാമചന്ദ്രൻ വരണൂന്ന് പറയണം എന്നിട്ട് അഗസ്ത്യന്റെ കുടീരത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്നു അഗസ്ത്യനെ കാണുക എന്നുള്ള ഒരേ ഉദ്ദേശത്തോടെയാണ് ഈ ദക്ഷിണ ദിക്ക് യാത്ര വരുമ്പോ ലക്ഷ്മണൻ ചെന്ന് പറഞ്ഞിട്ട് വന്നു അഗസ്ത്യൻ ഒരേ സന്തോഷം നിഷ്ഠയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ് ഋഷി ഇപ്പൊ മറ്റു ഋഷികളെയുമൊക്കെ കണ്ടാൽ ഇത് ഇന്നർ ഋഷി ഇത് ഇന്നർ ഋഷിന്ന് പേര് പറഞ്ഞു വിളിക്കണോ അത്രയും അഗസ്ത്യനെ കണ്ടപ്പോ ഭഗവാൻ ലക്ഷ്മണനെ വിളിച്ച് പറയാം അതാ നോക്കൂ ആ കുടീരത്ത് നിന്ന് വരുമ്പോൾ ഉരുണ്ടുരുണ്ടിട്ട് വരണു അത്രയും നല്ല വലിയ ശരീരം അതീവ ദിവ്യമായി കൊച്ചുകുട്ടികളെ മാത്രമുള്ള മുഖം സുന്ദരമായ മുഖം അതീവ തേജസ്വി അതീവ സരളൻ ഭഗവാൻ പറയണു ഔദാര്യേണ അവഗച്ചാമി നിധാനം തപസാമിമം ആ ഉദാരഭാവം അതായത് കൊച്ചുകുട്ടികളെ പോലെ ആ സരളമായ ആ രൂപം കാണുമ്പോ തപസ് മുഴുവൻ മൂർത്തിയെടുത്ത ആണിത് കണ്ടാ മനസ്സിലാവണ അനിരഗസ്നേ നഗസ്ത്യസ്തൃ സപത്രാകൃതി സമസ്തശര നികര സപത്രാകൃതി താപസേയ പ്രത്യൗഷീ പ്രിയൈഷീ തദനുച മുനി വൈഷ്ണവേ ദിവ്യ ബ്രഹ്മാസ്ത്രേ ചാ ദത്തെ പഥി പിതൃസുഹൃദം വീക്ഷ്യൂയോ ജടാു ടാന് പരിരമസിപുരാം പഞ്ചവട്ട്യാം വധൂട്ട്യാം ബ്രഹ്മാസ്ത്രവും വൈഷ്ണവചാപവും സ്വീകരിച്ച് അഗസ്ത്യൻ പറഞ്ഞു പഞ്ചവടിയിൽ ഗോദാവരി തീരത്തില് പോയി ഇരിക്കാം അവർക്കൊക്കെ അറിയില്ലേ അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു പഞ്ചവടിയിൽ ഗോദാവരി നദിയുടെ തീരത്തിൽ പോയിട്ട് ഇരിക്കാം അവിടെ പോയി മോദാദ് ഗോദാ സന്തോഷമായി ജീവിച്ചു പതിമൂന്ന് വർഷം പന്ത്രണ്ടര വർഷം സന്തോഷമായി ജീവിച്ചു രാമാവതാരത്തിൽ അവസാനത്ത് ഒന്നൊന്നര വർഷക്കാലത്തിലാണ് ഈ രാവണൻ കട്ടുകൊണ്ടുപോയതും ഒക്കെ ബാക്കി പത്ത് പന്ത്രണ്ട് വർഷം സൗഖ്യമായിട്ട് തന്നെ വനവാസം കഴിഞ്ഞുപോയി ഗോദാവരി നദീതീരത്തില് ഭഗവാൻ എങ്ങനെ സൗഖ്യമായിട്ട് ശീതയുമായിട്ട് ഇരുന്നു നവരാത്രികൊക്കെ രാമായണമവതാരെന്ന് പറഞ്ഞാൽ ഒരേ ഒരു ശ്ലോകം ഈ ഗോദാവരി തീരത്തിൽ രാമൻ എന്താന്ന് വെച്ചാൽ രാമായണത്തിൽ ഇത്ര സുന്ദരമായി ഇത്ര റിലാക്സ്ഡ് ആയിട്ട് ഭഗവാൻ ഒരിക്കലും ഇരുന്നിട്ടില്ല എന്താന്ന് വെച്ചാൽ അയോധ്യ വിട്ട് കൊറേ ചിത്രകൂടത്തിൽ ഇത്ര കണ്ട് റിലാക്സേഷൻ ഇല്ല എന്താന്ന് വെച്ചാൽ അവിടെ ആ ദുഃഖമൊക്കെ അപ്പോഴും മനസ്സിലുണ്ട് ഇവിടെ വന്നപ്പോ ആ ദുഃഖവും കുറെ ഒക്കെ ശമിച്ചിരിക്കുന്നു കുറെ വർഷങ്ങളായിരിക്കണു അപ്പൊ സീതയെ അടുത്തിരുത്തി സരാമന്ന സഹ സീതയാ വിരരാജമഹാബാഹുഹു ചിത്രയാ ചന്ദ്രമായിവ ചിത്രാനക്ഷത്രത്തോട് ചേർന്ന ചന്ദ്രനെ പോലെ അങ്ങനെ സുലഭമായി ഭഗവാൻ സീതാദേവിയെ അടുത്തു വെച്ച് കഥകളൊക്കെ പറഞ്ഞുകൊടുത്ത് രമിച്ചുകൊണ്ട് ഗോദാവരി നദിയുടെ തീരത്തിലിരിക്കുക അത്രയും കഥാസംസക്തചേതസഹ ലക്ഷ്മണസ്വാമി അതീവ സുന്ദരവുമായി ഒരു കുടിൽ നിർമ്മിച്ചു ആ കുടിൽ നിർമ്മിച്ചപ്പോ ഭഗവാൻ ലക്ഷ്മണനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രഭോ ഒന്ന് വിളിച്ചു അത്മി ഗ്രാമാണത്തിൽ എന്താന്ന് വെച്ചാൽ അവിടുന്ന് പുറപ്പെട്ടു പോകുമ്പോൾ സുമിത്ര ഒരു വാക്ക് പറഞ്ഞു സൃഷ്ടസ്വം വനവാസായ സ്വനുരക്തസുഹൃജനി സുമിത്ര പറഞ്ഞു ലക്ഷ്മണ തന്നെ കാട്ടിലേക്ക് അയയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രസവിച്ചിരിക്കുന്നത് എന്ന് ആ ലക്ഷ്മണ ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഭഗവാൻ എവിടെയാണ് മനസ്സിലായതെന്ന് വെച്ചാൽ ഈ ലക്ഷ്മണൻ എവിടുന്നീ വിദ്യകളൊക്കെ പഠിച്ചു എന്ന് ആശ്ചര്യം നദീ തരണം ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും ലക്ഷ്മണം പോകും ഒരു പത്ത് മുളയെ മുറിച്ചുകൊണ്ട് വരും കെട്ടും ഒരു ചങ്ങാടം ഉണ്ടാക്കും ചങ്ങാടം ഉണ്ടാക്കണത് മാത്രമല്ല സീതയ്ക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ ഒരു സീറ്റ് വേറെ ഇതൊക്കെ വാൽമീകി പഠിക്കണം സീതയ്ക്ക് പിടിച്ചുകൊണ്ടിരിക്കാൻ ഒരു സീറ്റ് അതിനകത്ത് ഇരുത്തി എല്ലാം കഴിയുമ്പോൾ ഭഗവാൻ ഇങ്ങനെ കൈ കെട്ടിയിരിക്കുക രാമാവതാരത്തിൽ രാമൻ ഒന്നും പറ്റില്ല ലക്ഷ്മണം ചെയ്യണം ആ ലക്ഷ്മണന്റെ അത് കണ്ട് പ്രഭോ എന്നാണ് ഭഗവാൻ വിളിക്കുന്നത് നീ എന്റെ പ്രഭു സർവസ്വവും രക്ഷിക്കാനായി കൈകര്യം ചെയ്യാനായിട്ടേ ജനിച്ച രാമ കൈങ്കര്യം ചെയ്യാനായിട്ടേ ജനിച്ചവൻ രാമന് എന്തും ചെയ്തു കൊടുത്തുകൂടെ ഇരുന്നുകൊണ്ട് സർവസ്വവും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു ലക്ഷ്മൺ അങ്ങനെ സുന്ദരമായൊരു കുടീരം നിർമ്മിച്ചു ആ കുടീരത്തില് സീതാദേവിയുമായിട്ടിരുന്ന് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഈ മന്ദര വന്നപ്പോ വാൽമീകി പറഞ്ഞു എതിർച്ഛ എന്ന് പറഞ്ഞുവല്ലോ അതേപോലെ എതിർച്ഛയാ അവിടെ മറ്റൊരുത്തി വന്നു ശൂർപ്പണഹ അശുദ്ധ ബുദ്ധി ശുഖബ്രഹ്മമഹർഷി രക്ഷസ്വസുഹു വ്യകൃതരൂപം അശുദ്ധ ബുദ്ധേതരൂപം വികൃതമായിട്ടുള്ള രൂപം അവൾ വികൃതമായ രൂപത്തിനെ വികാരപ്പെടുത്തിക്കൊണ്ടുവന്നു അവൾ ഇങ്ങനെ വന്നു ഫിലോണിൽ നിന്ന് അവളെ പറഞ്ഞു വച്ചിരിക്കാണ് അവടെ വെച്ചുകൊണ്ടിരിക്കാൻ പൊറുപ്പിക്കാൻ പറ്റാതെ ശ്രീലങ്കയിൽ നിന്ന് കയറ്റി അയച്ചതാണ് വസ്തുവിനെ അതിവിടെ വന്നാൽ ഇവിടെ ഈ പഞ്ചവടി തീരം ഗോദാവരി നദിയുടെ തീരം രാവണന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ജനസ്ഥാനമാണ് അതായത് ഇവിടെ ഖരൻ ദൂഷണൻ തൃശിരസും മുതലായിട്ടുള്ള രാക്ഷസന്മാരുണ്ട് അവിടെയാണ് ഇവൾ വന്ന് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് ശൂർപ്പനഖ ഉള്ള നഖമൊക്കെ ഇങ്ങനെ മുറം പോലെ ഉണ്ടാവും എന്നാൽ എന്തു വേഷം വേണമെങ്കിലും അവൾക്കിടാം കാമരൂപിണി എന്ന് വാൽമീകീട്ടം കാമമേ രൂപമെടുത്തവൾ അവൾ അവിടെ വന്നു ആ കുടിലിൽ ഭഗവാനെ കണ്ടു ഭഗവാനോ വില്ലിന് ഞാണു കെട്ടിക്കൊണ്ടിരിക്കുന്നു എല്ലിന് ഞാന് കെട്ടിക്കൊണ്ടിരിക്കുന്നു സീതാദേവിയും അടുത്തോണ്ട് ഇവൾ സുന്ദരമായി വേഷം ധരിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ വന്നു ആരാണ് എന്താണ് എല്ലാം ചോദിച്ചു ഭഗവാൻ ഒരു പരിഹാസബുദ്ധി തോന്നി ഭഗവാനും ഋജുബുദ്ധിയായി എല്ലാം പറഞ്ഞു എല്ലാം തമാശ ഭഗവാൻ ഇവളോട് എല്ലാം പറഞ്ഞു ഇവൾ അപ്പോ പറഞ്ഞു ഞാൻ രാവണേശ്വരന്റെ സഹോദരിയാണ് ഈ കാട്ടിലെ രാക്ഷസന്മാരൊക്കെ ഉണ്ട് അങ്ങേ പിടിച്ച് തിന്നുകളയും എന്നെ വിവാഹം കഴിച്ചാൽ അങ്ങേക്ക് സൗഖ്യമായിട്ടിരിക്കാം അഹമേവ അനുരൂപാതേ ഭാര്യമാം ഞാനാണ് അങ്ങേക്ക് അനുരൂപയായിട്ടുള്ളവൾ എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കും സീതാദേവിയെ ഇങ്ങനെ അവജ്ഞയോടെ നോക്കിയത്രെ ഇതെന്ത് സ്ത്രീ ഇത് സ്ത്രീയാണോ ഒട്ടിയ വേറോടെ മെലിഞ്ഞ ശരീരത്തോടെ വെളുത്ത നിറത്തോടെ എന്നെ നോക്കൂ സൗന്ദര്യത്തിന്റെ ലക്ഷണം അവളാണ് അത്ര ശൂർപ്പണകം അവൾ പറഞ്ഞു ഭാര്യാറൂപേണ പശ്യമാം ഞാനാണ് അങ്ങക്ക് അനുരൂപയായിട്ടുള്ളവൾ ഇവളെ വിട്ടുകളയാ ഇവളെ ഞാൻ ഭക്ഷിച്ചു കളയാം ആത്മീകി പറഞ്ഞു ആരാരോടും പറഞ്ഞു എന്ന് വെച്ചാൽ സുമുഖം ദുർമുഖീരാമം വൃത്തമധ്യം മഹോദരീം വിശാലാക്ഷം വിരൂപാക്ഷീം ൂർദ്ധാംിയൂപാസാം ദക്ഷിണം വാമഭാഷിണീവൃത്തം രണ്ടുപേർക്കുമുള്ള കോൺട്രാസ്റ്റ് ആണ് ഭഗവാനെ വർണ്ണിക്കാനുള്ള സന്ദർഭം അതുകൊണ്ടാണ് ഈ ശ്ലോകം ഇവിടെ എടുത്തത് സുമുഖം അല്ലെങ്കിൽ രാമായണം മുഴുവൻ പറയാൻ നമുക്ക് സമയമില്ല സുമുഖം ഭഗവാൻ എങ്ങനെയുണ്ട് വെച്ചാൽ അയോധ്യാകാണ്ടത്തിൽ പട്ടാഭിഷേകത്തിനായി ശ്രീരാമചന്ദ്രനെ സുമന്ദ്ര ഒരു കൂട്ടിക്കൊണ്ടുവരണു പട്ടാഭിഷേകം എന്ന് പറയാനായിട്ട് അപ്പൊ കുളിക്കാനായി തലയിൽ എണ്ണ തേച്ചിട്ടിരിക്കുക അത്രേ അപ്പൊ എണ്ണ തേച്ചിരിക്കുന്ന രാമനെ വിളിച്ചുകൊണ്ട് വരുമ്പോ അങ്ങനെ ഇറങ്ങി വരുന്നത് ദശരഥ മഹാരാജാവ് കാണുന്നു ഗന്ധർവരാജപ്രതിഭം ലോകേ വിഖ്യാത പൗരുഷം ദീർഘബാഹും മഹാസത്വം മത്തമാതംഗനം ചന്ദ്രകാൻ രാമം അപൂർവ്രിദർശനം റൂപ്പാര്യഗുണൈ പുംസാ ദൃഷ്ടിചിത്പഹരിണർമാതപ്തജന്യം ഹ്ലാദയന്ത പ്രജർപ്പയാ പശ്യമാനോ നരാധിമ ഗന്ധർവരാജനായ ചിത്രരഥനെ പോലും ഉണ്ട് അതോ എണ്ണ തേച്ച് അലങ്കാരമില്ലാതെ ഇരിക്കുമ്പോൾ ലോകേ വിഖ്യാത പൗരുഷം പൗരുഷത്തിന് വേറെ ഒരു ഉദാഹരണമില്ല ആചാനുബാഹു സുശിരാഹ സുലാട്ട സുവിക്രമ പൗരുഷത്തിന് വേറെ ആരെയും ഉദാഹരണമായി കിട്ടിയില്ല ഗംഭീര പ്രതിഭ പ്രകൃതിയായി നടക്കുമ്പോഴോ മതം ഇളകിയ ആനയെ പോലെയുള്ള നടത്താം മതമാതംഗഗാമിനം ആന നടക്കുന്നതിനെ ഒരു ഗാംഭീര്യം അതും മത മതം ഇളകിയ ആന മതമാതംഗഗാമിനം ചന്ദ്രകാന്താനനം രാമം ഭഗവാനെ കാണുമ്പോ തന്നെ മനസ്സിനൊരു കുളിർമ അതാണ് രാമചന്ദ്രൻ സൂര്യവംശത്തിലാണ് ജനിച്ചിരിക്കുന്നത് പക്ഷെ രാമചന്ദ്രൻ ചന്ദ്രകാന്താനനം രാമം അപൂർവ പ്രിയദർശനം കാണുമ്പോ തന്നെ പ്രിയം ഏർപ്പെടുന്നു മുഖത്തേക്ക് ഇവളോ കണ്ട ഭയം തോന്നും ദുർമുഖിയും ഒന്ന് രാമൻ ഒന്ന് കാമം ഒന്ന് ഭക്തി ഒന്ന് ലൗകികം ഒന്ന് ശാന്തി ഒന്ന് ഘോരം അതാണ് ഉദാഹരണം കൊണ്ട് ഒന്ന് ദൈവി ഒന്ന് ആസുരി ഇതെങ്ങനെയുണ്ട് ദുർമുഖിയും ഉള്ളിൽ മുഴുവൻ കാമം ദുർമുഖി ഭഗവാനോ വൃത്തമധ്യം ശരീരമെല്ലാം അംഗങ്ങളൊക്കെ തന്നെ തേജസ്വിയായ മൂർത്തി മഹോദരി വലിയ വയറോടുകൂടിയ കൊടവയറുള്ളവൾ ആള് വരുന്നതിന് കുറച്ചു ദൂരം മുമ്പ് തന്നെ വയറ് വരും ഡൈനിങ് ടേബിൾ പോലെ അതിലേ വെച്ച് ക്ഷാപ്പാടൊക്കെ കഴിക്കാം മഹോദരി വിശാലാക്ഷം വിരൂപാക്ഷി ഇങ്ങനെയൊക്കെ ഉള്ള ഈ ശൂർപ്പണകയും ശ്രീരാമചന്ദ്രനും ശ്രീ ശൂർപ്പണക ഭഗവാനോട് ഇങ്ങനെ അർത്ഥനീ നിസ്സഹാത്മാ സഹിച്ചില്ലാത്രേ ഭഗവാൻ എന്നാലും ഭഗവാൻ എന്തു പറഞ്ഞു സൗമിത്രവും വിസൃജ്യ ലക്ഷ്മണൻ അവിടെ ഉണ്ട് എന്റെ ഭാര്യ കൂടെ ഇല്ല എന്നെക്കാളും സൗന്ദര്യമുണ്ട് ശാന്തം കോപമേം വരില്ല അങ്ങനെ പറഞ്ഞ് ലക്ഷ്മണന്റെ അടുത്തേക്ക് പറഞ്ഞേച്ചു ലക്ഷ്മണന്റെ അടുത്ത് പറഞ്ഞേച്ച് കഥയൊക്കെ നമുക്കറിയാം തേന നിർലൂനസം ദൃഷ്ടൈനുഷ്ടചിത്തം ഖരമഭിപതിതം ദൂഷണഞ്ച ത്രിമൂർദ്ധം വ്യാഹിംസീ ആശരാണപ്യയുധസമതിക തക്ഷണദക്ഷതോഷ്മാ സോദര്യാ പ്രോക്തർത്താദിഷ്ടീചമായാ സാരം സാരസാക്ഷ്യാസ്പനുഗതാപ്രാവതീ ബണഘാതം ഇവൾ നേരെ ചെന്നു രാവണന്റെ അടുത്തേക്ക് മറ്റതിരി വേറെ ചില പ്രബന്ധകാവ്യങ്ങളിൽ ശൂർപ്പണക രാവണന്റെ അടുത്ത് പോയി പറയണതിനെ എഴുതിയിട്ടുണ്ട് അത്രേ മൂക്കില്ലാതെ ശൂർപ്പണക മൈനസ് മൂക്ക് അതിൽ ഈ ഞാമം കാണാൻ നാമാ എന്നുള്ള ശബ്ദമൊന്നും വരില്ല മൂക്കില്ലെങ്കിൽ പിന്നെ ഒക്കെ ജലദോഷം പിടിച്ചാലേ നമുക്ക് ബബ്ബോബൻ ആണോ പോലെ അങ്ങനെയാണ് ശൂർപ്പണകെ പോയി രാവണന്റെ അടുത്ത് പോയി പറയണത് ഇവൾ പറയണത് എന്താന്ന് മനസ്സിലാക്കാനേ രാവണന് കുറെ നേരം എടുത്തു അത്രയും നേരത്തെ തന്നെ അകമ്പനൻ പോയി ഇവിടെ നടന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് അകമ്പനനാണ് സീതയെ അപഹരിക്കാനുള്ള ഐഡിയയെ രാവണന് കൊടുക്കണത് പിന്നെയാണ് ശൂർപ്പണകെ പോണത് രാവണൻ ഇപ്പത്തന്നെ യുദ്ധം ചെയ്യാന്ന് പറപ്പെട്ടു അകമ്പനൻ ഒരു നമസ്കാരം വെച്ചു കൊടുത്തിട്ട് രാവണനോട് പറഞ്ഞു എനിക്ക് എന്റെ ജീവനെടുക്കില്ലെങ്കിൽ ഞാൻ ഒരു സത്യം പറയാം പറയൂ തനിക്ക് ജീവദാനം തന്നിരിക്കണു എന്ന് പറഞ്ഞു രാവണൻ അപ്പോഴാണ് അകമ്പനൻ പറയണത് അങ്ങേയെ എനിക്കറിയാം രാമനെ ഞാൻ കണ്ടു അങ്ങേയും രാവണനെയും രാമനെയും ഒരേ ത്രാസില് വെക്കാൻ പറ്റില്ല ജീവനിൽ അങ് ജീവനോടെ ഇരിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നേരെ പോണ്ട രാമന്റെ മുമ്പിൽ എന്ന് അകമ്പനൻ പറഞ്ഞു സീതയെ അപഹരിക്കാം സീതാപഹരണത്തിന്റെ ഐഡിയ അകമ്പനാണ് രാവണന് കൊടുക്കണത് ഷൂർപ്പണക നേരെ പ്ലേറ്റ് അവിടെ പോയി തിരിച്ചിട്ടു അങ്ങയ്ക്ക് വേണ്ടി സുന്ദരിയായ സീതയെ അപഹരിക്കാൻ പോയപ്പോ ദുഷ്ടനായ ആ മനുഷ്യൻ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു ഇതൊക്കെയാണ് ദുഷ്ടബുദ്ധി എന്ന് പറയണത് അങ്ങനെയാണ് മാരീചന്റെ അടുത്ത് രാവണൻ പോണത് മാരീജനോട് പറഞ്ഞു രാ എന്ന് പറഞ്ഞത് മാരീജൻ ബോധം കെട്ടു വീണു മാരീജൻ പറഞ്ഞു ഇവിടെ വന്ന് രാ എന്നുള്ള വാക്ക് പറയരുത് ആരുമേ പറയരുത് ഇവിടെ പ്രോഹിബിറ്റഡ് നടുവിലുള്ള അക്ഷരം പ്രോഹിബിറ്റഡ് എഴുതി വെച്ചിരിക്കുക അത്ര ഇവിടെ മാരീജൻ ഒരു ആശ്രമത്തിലാണ് വസിക്കുന്നത് യാവിനും ലാവിനും നടുവിലുള്ള അക്ഷരം ഈ ആശ്രമത്തിന്റെ ഉള്ളിൽ പ്രോഹിബിറ്റഡ് അക്ഷം അക്ഷരം അല്ല രാമരാം പള്ളി അവിടെ അതേ അവിടെയൊക്കെ എടുത്തു കളയണം എന്നാണ് മാരീജൻ പറയണത് ഞാൻ തമാശ പറയല്ല വാൽമീകി രാമായണത്തിൽ മാരീജൻ പറയുന്നു രാമത്രസ്താവണ രത്നാനിജരവ വിദ്രാസം ജനയന്തി എന്ന് വെച്ച് തുടങ്ങുന്നത് എന്ത് കേട്ടാലും രാവണ എനിക്ക് പേടിയാകണം ആ വിശ്വാമിത്രന്റെ യാഗശാലയിൽ വെച്ച ആ അമ്പിന്റെ ഊക്ക് ഞാൻ കണ്ടതാണ് അന്നുമുതൽ ഭയന്ന് ഭയന്ന് ഭയന്നിട്ട് ഞാൻ ജീവിക്കണു അത് സാധാരണ ജീവിതമല്ല ാരദമഹർഷി സപ്തമ സ്കന്ധത്തിൽ ഭാഗവതത്തിൽ ഭക്തിയുടെ നിഗൂഢമായ ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു നാരദൻ പറഞ്ഞു യുധിഷ്ഠിരനോട് ധർമ്മപുത്രരെ ഭക്തിക്ക് ഭക്തി തന്നെ വേണമെന്നില്ല മോക്ഷത്തിന് ഭക്തി തന്നെ വേണമെന്നില്ല ഒന്നിൽ ഭഗവാനെ ദ്വേഷിക്കാം അല്ലെങ്കിൽ ഭഗവാനെ ഭയപ്പെടാം അല്ലെങ്കിൽ ഭഗവാനോട് അസൂയ വെക്കാം അല്ലെങ്കിൽ ഭഗവാനോട് കാമം വെക്കാം ഏത് ഭാവത്തിലാണെങ്കിലും ജീവൻ മുക്തി നേടും ഓരോന്നിനും ഉദാഹരണവും നാരദൻ പറഞ്ഞു ഗോപസ്ത്രീകൾ കാമം കൊണ്ട് ഭയം കൊണ്ട് കംസൻ മാരീചൻ മുതലായിട്ടുള്ളവർ ശിശുപാലൻ ദ്വേഷം കൊണ്ട് വൃഷ്ടികൾ ബന്ധം കൊണ്ട് നാരദാദികൾ ഭക്തി കൊണ്ട് ഇതിന് ഓരോരുത്തരെയും ഉദാഹരണമായിട്ട് നാരദ മഹർഷി സപ്തമസ്കന്ധത്തിലും പറഞ്ഞു അതിന് മാരീജൻ ഒരു ഉദാഹരണം മാരീജൻ എന്താ പറയണതെന്ന് വെച്ചാൽ പേടിച്ചു പേടിച്ച് രാവണ എനിക്ക് രാത്രിയൊക്കെ സ്വപ്നത്തിലൊക്കെ രാമൻ രാവിലെ എഴുന്നേറ്റ് എവിടെ എവിടെ നോക്കിയാലും വൃക്ഷേ വൃക്ഷേഹി പശ്യാമി ചീരാജിന ജടാധരം ഗൃഹീതധനുഷം രാമം रामं ഇവാതകം എവിടെ നോക്കിയാലും ഏത് മരം കണ്ടാലും ആകാശം കണ്ടാലും ഭൂമി കണ്ടാലും കയ്യിൽ ധനുസ് കോതണ്ടം പിടിച്ചു നിൽക്കുന്ന രാമനെ ഞാൻ കാണുന്നു പിന്നെ എന്തുവേണം സർവം ഖൽവിതം ബ്രഹ്മം രാത്രി ഉറങ്ങിയാൽ രാമൻ ഒരു ഭക്തകവി പാടി കബീറിന്റെ ദോഹയാണ് സ്വപ്നമേ രാമ ജാഗരണത്തിലും രാമൻ സ്വപ്നത്തിലും രാമൻ സദാ രാമന്ദൻ എല്ലാം മാരീജനെ ആവസ്ഥയിൽ ഭയം കൊണ്ട് നാരദ മഹർഷി ഒരു സ്റ്റെപ്പ് അധികം കടന്നിട്ട് പറഞ്ഞു യഥാ വൈരാനുബന്ധേന മത്യസ്തന്മയതാമിയാത് ന തഥാ ഭക്തിയോഗേന ദ്വേഷം ഭയം ഇതൊക്കെ കൊണ്ട് എങ്ങനെ ഭഗവത് ധ്യാനം ഏർപ്പെടുവോ അത്ര വേഗത്തിൽ ഭക്തി കൊണ്ട് പറ്റില്ലേ അത്രേ ഭക്തി കുറച്ച് സ്ലോവാണോ അതാണ് ആളുകൾ പലപ്പോഴും ചിലർ ഈശ്വര നിഷേധം ജീവിതം മുഴുവൻ ഈശ്വരൻ ഇല്ല ഇല്ല ഇല്ല എന്ന് പറയണ ഒരു സുപ്രഭാതത്തില് പരമഭാഗവതന്മാരായിട്ട് തീരുന്നു എന്താന്ന് വെച്ചാൽ അവര് നിഷേധിക്കുന്നതോറും ഉള്ളിൽ ഈ ധ്യാനമാണ് ഇന്റൻസ് ആയിട്ടുള്ള ധ്യാനം സാധാരണ ആളുകൾക്ക് പോലും പറ്റാത്ത രീതിയിൽ അവർക്കൊരു ധ്യാനം ഏർപ്പെടുന്നു അപ്പോ ഇതൊക്കെ നാരദമഹർഷി ഭക്തിയെ ഒരു സിദ്ധാന്തമാക്കി ചെയ്തു വെച്ചു അങ്ങനെ രാവണൻ മാരീജനെ നിർബന്ധിച്ചു മാരീജൻ പറഞ്ഞു എന്തായാലും ഞാൻ മരിക്കാൻ നിശ്ചയിച്ചു തന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാളും ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാം എന്ന് പൊന്മാനായി വേഷം കെട്ടി ഭഗവാന്റെ മുമ്പിൽ വന്നു ന്മായാക്രൻ സാരംഗം സാരസാക്ഷ്യാസ്പനുഗതഹാം സാരംഗം മാൻ തങ്ക നിറത്തിലുള്ള മാൻ മുമ്പിൽ വന്ന് തുള്ളു തുള്ളും തുള്ളി തുള്ളിയപ്പോ സീത പറഞ്ഞു അയോ എന്തു സുന്ദരം ശർമ്മണാ ഹൃതചേതന വാൽമീകി പറഞ്ഞു തോല് കണ്ടു മയങ്ങി അത്ര ശക്തമായ വാൽമീകി പറഞ്ഞു പുറന്തോല് കണ്ട് ദേവി മയങ്ങിപ്പോയി രാമനെ വിട്ട് പിരിയാൻ പോണു ആ തോല് കണ്ടിട്ടു മങ്ങി ലക്ഷ്മണനെ വിളിച്ചു രാഘവോഭി മോഹിത രാമനും മോഹിച്ചു പോയി ലക്ഷ്മണനെ വിളിച്ചു ചോദിച്ചു ലക്ഷ്മണ ഈ മാന പിടിക്കാം ലക്ഷ്മണൻ എങ്ങനെയും നോക്കി അതാണേ ബ്രഹ്മചര്യത്തിന്റെ ശക്തി ലക്ഷ്മണൻ എങ്ങനെയും നോക്കി ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ കണ്ണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇത് മാനല്ല മൃഗോഹി ഏവം വിധോ രത്നഖചിതോ നാസ്തിരാഘവ ജഗത്യാഗീനാഥ മായ സംശയ ഇത് വെറും മായ ഇത് മൃഗമല്ല ഇത് ബ്രഹ്മാവർ പടച്ചിട്ടില്ല ഇത് മായ വിശ്വസിക്കരുത് ലക്ഷ്മണന് ബുദ്ധി വിവേക ശക്തിയാണ് ലക്ഷ്മൺ എന്നാലും ആ നാടകം കളിക്കാൻ നിശ്ചയിച്ചത് കൊണ്ട് ഭഗവാൻ പുറകെ ഓടി പിന്നെ കഥ നമുക്കറിയാം സീതയെ രാവണൻ വന്ന് അപഹരിച്ചു പരമാത്മാവിനെ വിട്ടുപിരിഞ്ഞ ജീവനെ മായയാവുന്ന രാവണൻ വന്ന്അരിച്ചുകൊണ്ടുപോയി അപഹരിച്ചുകൊണ്ടുപോയി ലങ്കയാവുന്ന ശരീരത്തിന് കൊണ്ടു ചെന്ന് വെച്ചു അതും ഹൃദയസ്ഥാനമാവുന്ന അശോകവാടികയിൽ ചുറ്റും കാമം ക്രോധം ലോപം മോഹം മതം ആത്സര്യം മുതലായ രാക്ഷസികളെ കാവലരുത്തി സത്വഗുണമാവുന്ന വിഭീഷണൻ രജോ രാവണൻ തമോ ഗുണമാവുന്ന കുംഭകർണൻ മൂന്നുപേരുമുള്ള ശരീരമാവുന്ന ലങ്ക സംസാര നടുവിലൊരു ദ്വീപ് പോലെ നിൽക്കണു അവിടെ ഈ ജീവനെ ചെറയിട്ടു ആ സമയം ഭഗവാൻ ജീവനെ വിട്ടു പിരിഞ്ഞ പരമാത്മാവിന്റെ ദുഃഖം കരഞ്ഞുകൊണ്ടേ നടന്നു പൂയസ്തൻ വീം തന്മായാതഭവത രാവണസ്ത മഹർഷി തേനാർത്തോ വിമന്തോപായ ഇവിടെ ഭട്ടത്തിരി ഗുരുവായൂർപ്പനോട് പറഞ്ഞു ഗുരുവായൂർപ്പന്റെ മുമ്പിൽ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഗുരുവായൂരപ്പനോട് പറഞ്ഞു കരഞ്ഞു പക്ഷെ കരഞ്ഞാലും ഉള്ളില് സന്തോഷിച്ചു രാവണനെ വധിക്കാനൊരു ലാഭം ഉണ്ടായി ദേവന്മാരും സന്തോഷിച്ചു അത്രേ സീതയെ അപഹരിച്ചപ്പോ കാര്യം നടന്നു എന്ന് ശുഖാചാര്യർ ഭാഗവതത്തിൽ എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നു ഭഗവാൻ ദുഃഖിച്ചുകൊണ്ട് നടന്നു വാൽമീകി രാമായണത്തിൽ അയോധ്യ ആരണ്യകാന്ഡത്തിൽ ഒരേ കരച്ചൽ കിഷ്കിന്ദാകാണ്ടം ആരംഭിക്കുമ്പോഴും കരച്ചലോടെയേ ആരംഭം സതാ പുഷ്കരി ഗ പത്മോത്പലജാകുലം രാമസൗമിത്രി സഹിത വിലലാപ ആകുലേന്ദ്രിയ വായ്വിട്ട് കരഞ്ഞു എന്നാണ് പമ്പയുടെ തീരത്തില് പമ്പയുടെ സൗന്ദര്യം കണ്ടപ്പോ പമ്പാനദിയുടെ സൗന്ദര്യം കണ്ടപ്പോ ഭഗവാൻ വായ്വിട്ട് ഉറക്ക കരഞ്ഞു കരഞ്ഞപ്പോൾ ഓരോരുത്തർ ഓരോ വിധത്തിൽ പറഞ്ഞു ചമ്പൂകാരൻ പറഞ്ഞു രാമൻ എങ്ങനെ കരഞ്ഞു എന്ന് പറയാനുള്ള ചങ്കൂറ്റം എനിക്കില്ല അമ്മയുടെ വയറ്റിൽ ജനിച്ചവന ഞാൻ അമ്മയുടെ വയറ്റിൽ ജനിച്ച ആളുകൾക്ക് ഭഗവാൻ ഇങ്ങനെ കരഞ്ഞു എന്ന് പറയാനുള്ള ശക്തിയില്ല എന്നാ വാൽമീകി പറഞ്ഞില്ലേ വാൽമീകി അമ്മയുടെ വയറ്റിൽ ജനിച്ചില്ല അത് ഉറുമ്പുപുറ്റിൽ ജനിച്ചു അത് കഠോര ചേതാഹ കഠോര ചിത്തമുള്ള വാൽമീകിക്ക് പറയാം എനിക്ക് പറയാൻ വയ്യാന്ന് പറഞ്ഞു പക്ഷെ ശുഖബ്രഹ്മ മഹർഷിക്ക് ഇതൊന്നും കാര്യമില്ല അദ്ദേഹം പറഞ്ഞു രാമൻ കരഞ്ഞല്ലോ ഭഗവാനെ പരീക്ഷിച്ച് ചോദിച്ചു പിന്നെ അല്ലാതെ രാമനല്ല ആരാണെങ്കിലും കരയണം സ്ത്രീ സംഘിണാം ഗതിമിതി പ്രഥകൻ സചാറാണ് സ്ത്രീകളുടെ അടുത്ത് സംഘമേർപ്പെട്ടാൽ രാമനായാലും കരയണം സുഖബ്രഹ്മ മഹർഷി ജീവൻ മുക്തൻ അദ്ദേഹത്തിന്റെ ലോകത്തിലുള്ള ലൗകികരുടെ ബന്ധമൊക്കമായാ ആര് കരഞ്ഞാലും അജ്ഞാനം അപ്പൊ സംഘം ഏർപ്പെട്ടോ ആസക്തി ഏർപ്പെട്ടോ കരയണം ഇങ്ങനെ എന്നെ പോലെ നിങ്ങൾക്കും ഒരു ഗതി വരും എന്ന് ലോകത്തിൽ മുഴുവൻ കൂക്കി വിളിച്ചുകൊണ്ട് നടന്നു എന്നാ പറഞ്ഞത് അങ്ങനെ ഭഗവാൻ ദുഃഖിച്ച് പമ്പാതീരത്തിൽ ഹനുമാനെ കണ്ടു അതാണ് പ്രഥമദശകം ഭൂയസ്തൻ അഹൃത ദശമുഖാ ത്വൂം ജൂ ദിവമത സുഹൃദപ്രാതനോ പ്രേതകാര്യം ഗൃഹാനം തം കബന്തം ജഗനിത ശബരീം പ്രേക്ഷ്യ പമ്പാതടേത്വം പാഹി വാതാലൂനുവിനെ പമ്പാതീരത്തിൽ കണ്ടതും ആ ദശകം പൂർത്തി ചെയ്യുമ്പോ മുദിതമനാഹ സന്തോഷത്തോടെ പൂർത്തി ദുഃഖത്തിന്റെ നടുവിലും പ്രഭുവിന് ഭക്തനെ കണ്ടപ്പോ സന്തോഷം പരമഭാഗവതനായ ആഞ്ജനേനെ കണ്ടു പമ്പാതീരത്തിൽ സുഗ്രീവൻ പറഞ്ഞു ആഞ്ജനയെ പോയി നോക്കിയിട്ട് വരൂ രണ്ടുപേര് അമ്പും വില്ലും കൊണ്ടു വരണോ അപ്പ അവിടെ ഇല വീണാലേ സുഗ്രീവന് പേടി ബാലി വരണോ ബാലി പെരുണോ ഒരേ ഭയം ഋഷ്യമൂഖാചലത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടുപേര് അമ്പും വില്ലും കൊണ്ടുവരണത് കണ്ടാൽ ധീരന്മാരായിട്ട് തോന്നുന്നു സുഗ്രീവൻ പറഞ്ഞു ആഞ്ജനയ പോയി നോക്കിട്ട് വരും ആഞ്ജനേ സ്വാമി ആദ്യം ഒരു ബ്രാഹ്മണ വട്ടുവിന്റെ വേഷം ധരിച്ചു പോയി ഭഗവാന്റെ മുമ്പിൽ വേഷം വേണോ ഭക്തന് ഭക്തൻ അങ്ങനെ മറച്ചു വെക്കുമോ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് എല്ലാം പറഞ്ഞു താൻ ആരാണെന്നുള്ളതൊക്കെ എന്നിട്ട് ഭഗവാനോട് രണ്ടുപേരോടും കൂടെ ചോദിക്കാം നിങ്ങൾ ആരാണ് രണ്ടുപേരെയും വെച്ചു കൊരാളെ മാത്രം ചോദിച്ച് മര്യാദ കേട് അതുകൊണ്ട് ഭാഷാജ്ഞാനം അഞ്ജന വന്ന ഉടനെ രണ്ടുപേരെയും കൂടെ വെച്ചുകൊണ്ട് ദ്വിവചനത്തിൽ ചോദിക്കുന്നു നിങ്ങൾ ആരാണ് നിങ്ങൾ എവിടുന്ന് വരുന്നു നിങ്ങളെ കണ്ടാൽ ദേവലോകത്തുനിന്ന് വരുന്ന പോലെ ഉണ്ടല്ലോ സാക്ഷാത് ഋഷികുമാരന്മാരെ പോലെയുണ്ട് ധീരരായ ക്ഷത്രിയരെ പോലെയുണ്ട് രാജിദേവ പ്രതിമൗ താപസൗ സംശിതവ്രതൗ കഥം ദേശമിമം പ്രാപ്തൗന്തൌ വരവന്നിന ഭഗവാനോ ആഞ്ജനേയന്റെ ഈ ചോദ്യങ്ങളെയൊക്കെ കണ്ട് ആസ്വദിക്കാം ഉത്തരം പറയാനല്ല ആ സംസരിക്ക സംസാരിക്കുന്നതിലുള്ള മാധുര്യം ആ ദിവ്യതേജോമയ വിഗ്രഹം അതായത് സാധാരണ ഭഗവാനെ ഭക്തൻ വർണ്ണിക്കണം ദിവ്യതേജോമയ വിഗ്രഹം ഇവിടെ ഭഗവാൻ ആഞ്ജനേയനെ കണ്ടതോടുകൂടെ ഭഗവാന്റെ ഹൃദയം കുളിർന്നു ഭഗവാന്റെ കണ്ണ് നിറഞ്ഞു ആനന്ദം കൊണ്ട് ശരീരം കോരിത്തെ വെച്ചു ഹനുമാനെ കണ്ടതോടുകൂടെ ഹനുമാൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ലെങ്കിലും ഹനുമാൻ ആരാണെന്ന് ചോദിക്കുമ്പോ ആഞ്ജനേയനെ കണ്ടതോടുകൂടെ ഭഗവാൻ ലക്ഷ്മണനോട് പറയാണ് ലക്ഷ്മണ നോക്കൂ അവന്റെ മുഖം നോക്കൂ അവന്റെ കണ്ണു നോക്കൂ കേശാദിപാത വർണ്ണനം ഭക്തന്റെ വർണ്ണനം ഭഗവാൻ ചെയ്യണം വാൽമീകി രാമായണത്തിൽ ആഞ്ജനേയനെ കണ്ട ഉടനെ ആ നെറ്റി നോക്കൂട്ടേ ഒരു അംഗത്തിലെങ്കിലും ഒരു ദോഷമില്ല ഒരു കളങ്കമില്ല ഇവൻ മഹാപുരുഷനാണ് ഇവനൊരു സാമാന്യപ്പെട്ടവനല്ല എന്ന് ലക്ഷ്മണനും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു ആഞ്ജനേയനെ കണ്ട ഉടനെ എന്നിട്ട് ആഞ്ജനേയനെ കുറിച്ച് പറയുന്നു ആ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ ഋഗ്വേദം പഠിക്കാത്തവർക്ക് ഇങ്ങനെ പറയാൻ ഋഗ്വേദത്തിന്റെ വിനയം സാമവേദത്തിന്റെ വൈദുഷ്യം യജുർവേദത്തിന്റെ ധാരണാശക്തി ഇതുമൂന്നും ഇവനിലുണ്ട് ഇങ്ങനെ ആഞ്ജനിച്ചു ഭഗവാനും കൂടെ ഋഷിമുഖാചലത്തിൽ അങ്ങനെ സഖ്യം ചെയ്തു വെച്ച് ബാലിയെ യുദ്ധത്തിന് വിളിച്ചു യുദ്ധത്തിൽ ആദ്യത്തെ പ്രാവശ്യം അല്പം സുഗ്രീവനെ കുറിച്ച് അടികൊടുത്തു സുഗ്രീവൻ സാമാന്യപ്പെട്ട ജീവനാണ് രാമചരിതമാനസത്തിൽ അങ്ങനെ ഒരു ചിത്രീകരണം കുറച്ചിന്ന് നേരമായാലും കുഴപ്പമില്ല രാമചരിത മാനസത്തിൽ അങ്ങനെ ഒരു ചിത്രീകരണം സുഗ്രീവൻ സാമാന്യ ജീവൻ ജീവന്റെ ലക്ഷണം എന്താണ് വിശ്വാസക്കുറവ് അതാണ് സാമാന്യ ജീവന്റെ ലക്ഷണം പരമഭാഗവതന്മാർക്ക് വിശ്വാസമേ അവരുടെ വ്യക്തിത്വം സുഗ്രീവന് ഭഗവാനോട് അത്ര കണ്ടൊന്നും വിശ്വാസം പോരാ ബാലി ആരാണ് പ്രാരബ്ധകർമ്മം ജനിക്കുന്നതിന് മുമ്പേ ജനിച്ചു പോകുന്നിടത്തൊക്കെ ഓടിച്ചു ഓടിച്ചടിക്കും ഈ ജീവന് എവിടെ പോയാലും ഓടിച്ചിട്ട് അടിക്കും ഈ പ്രാരബ്ധകർമ്മം പ്രാരബ്ധകർമ്മത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ജീവൻ പ്രാരബ്ധകർമ്മത്തിന് രക്ഷപ്പെടാൻ ജീവൻ ഒരേ ഒരു വഴിയുള്ളൂ ഋഷ്യമൂഖാചലം അവിടെ വരാൻ പറ്റില്ലേ ഋഷ്യമൂഖാചലം എന്ന് വെച്ചാൽ ഋഷികളുടെ മുഖം വാണി സത്സംഗം നടക്കണടത്ത് അപ്പൊ പ്രാരബ്ധകർമ്മമാവുന്ന വാലി അവിടെ ഗേറ്റിന് പുറത്ത് നിൽക്കണുണ്ടാവും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചോളൂ പക്ഷെ അതിനകത്തേക്ക് വരില്ല എന്നാണ് സത്സംഗം നടക്കുന്ന അടുത്ത് വരില്ല അങ്ങനെ വാലി ഋഷമുഖാചലത്തില് ആഞ്ജനയിന്റെ സഖ്യത്തിൽ സുഗ്രീവൻ ജീവിച്ചു എന്നിട്ട് ഭഗവാന് കണ്ടപ്പോഴും പൂർണ്ണ വിശ്വാസമില്ല ഭഗവാന്റെ അടുത്തേക്ക് ഹനുമാനാണോ കൊണ്ടുവരണത് സുഗ്രീവന് എന്നിട്ടും സംശയിച്ചു പോത്തിന്റെ തലയെ കാലുകൊണ്ട് തട്ടാൻ പറഞ്ഞു മരത്തിന് ദ്വാരമുണ്ടാക്കാൻ പറഞ്ഞു ഇതൊക്കെയാണ് ലക്ഷണം ഭക്തസാധാരണ ആളുകൾ സ്വാമിക്ക് രവിപുരത്തപ്പന് ശക്തി കൊണ്ടെന്ന് എങ്ങനെ തെളിയും എന്റെ കാര്യം നടന്നാൽ ഞാൻ ചില പരീക്ഷണോ ഒക്കെ ഭഗവാന് ചെയ്യട്ടെ എന്നിട്ട് അതൊക്കെ നടത്തി തന്നാൽ അപ്പൊ ഞാൻ ഭഗവാന് ശക്തി കൊണ്ടെന്ന് വിശ്വസിക്കാം അപ്പൊ നമ്മളാണ് ഭഗവാന് പരീക്ഷണം അല്ലാതെ ഭഗവാന്റെ പരീക്ഷണത്തിന് നമ്മൾ ആളാളുക ആളാകല്ല ഭഗവാനെ ഒന്ന് പരീക്ഷിക്കുക സുഗ്രീവൻ രണ്ടു പരീക്ഷിച്ചു ഭഗവാനോ ഭക്തന് തന്നിൽ വിശ്വാസമേർപ്പെടണം എന്നിട്ട് എന്ന് വിചാരിച്ച് ഭക്തന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുത്തു ആ എഴിമയുടെ പോത്തിന്റെ തല കാലുകൊണ്ട് തട്ടി ആ വൃക്ഷങ്ങൾക്കൊക്കെ ദ്വാരം ചെയ്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരടിയും കൊടുക്കും അങ്ങനെയൊന്നും വെറുതെ വിടില്ല അതാണ് ബാലിയുടെ അടുത്ത് ആദ്യ യുദ്ധം ചെയ്തപ്പോ അടികൊടുത്തു കൊറേ അടി കൊണ്ടു അടികൊണ്ടിട്ട് ഓടി വന്ന് സുഗ്രീവവും പറഞ്ഞു സ്വാമി ഇങ്ങനെ അടി കൊടുക്കാനാണെങ്കിൽ ഞാൻ വിണ്ടാതെ ഋഷിമുഖാജലത്തിൽ ഇരിക്കുവായിരുന്നുവല്ലോ ബാലിയെ യുദ്ധത്തിന് വിളിക്കണോ ഭഗവാൻ പറഞ്ഞു സുഗ്രീവ നിങ്ങൾ രണ്ടുപേരും കണ്ടാ ഒരേ പോലെ ഇരിക്കണം ആര് ബാലി ആര് സുഗ്രീവൻ അറിയണില്ല അതുകൊണ്ടാണ് ഞാൻ അസ്ത്രം ഇത് ശരിയായ യുക്തിയല്ല യാഖ്യാതാക്കൾ പറയണത് വേണമെന്ന് വെച്ചിട്ട് ഭഗവാൻ നിന്നതാണെന്ന് സുഗ്രീവനെയും ബാലിയും കണ്ടാ അറിയില്ലേ കോമൺ സെൻസ് ഒന്നുമില്ലെങ്കിലും അടിക്കണത് ബാലി അടികൊള്ളണത് സുഗ്രീവൻ എന്നെങ്കിലും അറിയണം അതെങ്കിലും അറിയില്ലേ അപ്പൊ അറിയില്ല പറഞ്ഞത് വെറുതെ പറഞ്ഞതാ യാളുടെ പ്രാരബ്ധം അവസാനിക്കണം ഒരു ജീവന് പ്രാരബ്ധ കർമ്മത്തിനെ തന്നെ തീർക്കണം പക്ഷേ സത്സംഗത്തിലെ ഇരുന്ന് ജ്ഞാനം സമ്പാദിച്ചാൽ ഭഗവത് സഖ്യം ഏർപ്പെട്ടാൽ പ്രാരബ്ദത്തിന്റെ വേഗം അറിയില്ല ഭഗവാന്റെ സന്നിധിയിലെ വെച്ച് അനുഭവിച്ചു തീർത്തു അങ്ങനെ അനുഭവിച്ചു തീർത്ത ശേഷം വാലിയെ ഭഗവാൻ വധിച്ചു വാലി വധത്തിന് ശേഷം സുഗ്രീവന് പട്ടാഭിഷേകം ചെയ്തു കുറെ സുഗ്രീവൻ അങ്ങനെ ജീവിച്ചു നീതസുഗ്രീവമൈത്രി തദുഹനുമതേ കാൈക്ഷിപ്വാ അംഗുഷ്ടേന ഭൂയ ലുലുവിത യുഗപത് പത്രി സപ്തസാൻ ഹഗ്രീവഗാദ്യതും അതുലബല ബാലിന് വ്യാജവൃത്ത വർഷാവോമനൈഷീ വിരഹ തരളിതസ്വം മതംഗശ്രമേ മതംഗാശ്രമത്തിൽ വിരഹ തരളിത വിരഹം കൊണ്ടു വേദനിച്ചു ജീവിച്ചു ന വിരഹം കൊണ്ട് വേദനിച്ചുകൊണ്ടേ ജീവിച്ചു അത്രയും ഭഗവാൻ അതിലൊരു കഥ പറയും ഭഗവാൻ ഇങ്ങനെ വിരഹം കൊണ്ട് കരയുമ്പോ ആഞ്ജനേയ സ്വാമി തൊട്ട ഗുഹയില് തപസലിരിക്കും അപ്പൊ ആഞ്ജനേയൻ ആശ്ചര്യപ്പെടും രാമന് ഇങ്ങനെ ഒരു വിരഹവും ഇങ്ങനെയും രാമൻ വിരഹത്തിൽ ദുഃഖിച്ചു എന്ന് വെച്ചാൽ എന്തു പറയാനുണ്ട് അപ്പൊ സാധാരണ മനുഷ്യരെ കുറിച്ച് എന്തു പറയാനും അങ്ങനെയുള്ള ആഞ്ജനേയൻ സീതയെ കാണുമ്പോ സുന്ദരകാന്ഡത്തിൽ പറയുന്നുണ്ട് അഹോ ഈ പരിശുദ്ധമൂർത്തിയെ പിരിഞ്ഞിട്ട് ഭഗവാൻ ജീവനോടെ ഇരിക്കണത് ആശ്ചര്യം ഇവിടെ വിരഹതരളിതനായി ഭഗവാൻ അവിടെ കിഷ്കിന്ദാകാണ്ടം മുഴുവൻ ആ വർണ്ണനയാണ് അദ്ഭുതമായ പ്രകൃതി വർണ്ണന പ്രകൃതിയൊക്കെ ഭഗവാൻ വർണ്ണിക്കണം മഴ പെയ്യുന്നതും ആകാശത്തില് മേഘങ്ങള് വരുന്നതും കൊക്കുകള് പറന്നു വരുന്നതും കാട്ടില് ഉള്ള സംഗീതമീവ പ്രവൃത്തം കാവ്യം എന്താണെന്ന് വാൽമീകിയെ കാണണം കാളിദാസനെ കണ്ടാ പോലെ കാളിദാസൻ വാൽമീകിയുടെ അനുകരിച്ചിട്ടാണ് കാവ്യം എഴുതിയിരിക്കുന്നത് വാൽമീകിയെ അങ്ങനെ ഇമിറ്റേഷനാണ് കാളിദാസൻ വാൽമീകിയുടെ നോക്കിയാൽ ആ സൗന്ദര്യം കാണണം എന്തൊക്കെ വർണ്ണനെ അറിയോ ആ കാട്ടിലും വഴവയുമ്പ് ഏർപ്പെടുന്ന ശബ്ദങ്ങൾ അതിനെ വാൽമീകി പറയണത് സംഗീതമീവ പ്രവൃത്തം കാട്ടിലെ ഓർക്കസ്ട്ര യാത്ര ഓർക്കസ്ട്രയ്ക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആകാശത്തിൽ മേഘങ്ങൾ മൃതങ്ങം വായിച്ച് കാട്ടിലുള്ള പക്ഷികളിങ്ങനെ കീച്ച് കൂച്ച് കീച്ച് കൂച്ചെന്ന് ശബ്ദം ഉണ്ടാക്കി തവള താളം ഉണ്ടാക്കിയത്രേ തവള ഇങ്ങനെ താളവാദ്യം പേക്രോം പേക്കറോം പേക്കറോം പേക്കറോം എന്നിട്ട് അവിടെ ശ്രുതി തമ്പുരുമിട്ടിയതാരാന്ന് വെച്ചാൽ വണ്ടുകൾ ഓന്ന് ചെയ് വീടുകളിലോ ഇങ്ങനെ വനേഷു സംഗീതം ഇവ പ്രവൃത്തം ആത്മീകി രാമായണം കടന്നു കഴിഞ്ഞാൽ എനിക്ക് അതാണ് ഈ സന്ദർഭങ്ങളെങ്കിലും ഓർമ്മ വരണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം അത്ഭുതം അത്യദ്ഭുതം അതാണ് ബ്രഹ്മാവ് വാൽമീകി രണ്ടു ഒന്ന് പറയും അങ്ങനെ കാട്ടില് ഭഗവാൻ ആ കാട്ടിന്റെ സൗന്ദര്യവും വനത്തിന്റെ ശോഭയും ആസ്വദിച്ച് സീതയെ ചിന്തിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞു സുഗ്രീവേണാനുജോക്യാ സഭയം അഭിയത ലക്ഷ്മണനെ പറഞ്ഞു വെച്ചു സുഗ്രീവന്റെ അടുത്തേക്ക് ലക്ഷ്മണൻ കൊടുക്കൂടൊന്നു പോയി സുഗ്രീവൻ ഒന്നും ഏർപ്പാടാക്കണ് കാണാനില്ല കുറെ വർഷങ്ങളായി കാട്ടിലലഞ്ഞ് നടന്ന സുഗ്രീവൻ രാജ്യം കിട്ടിയപ്പോൾ തൽക്കാലം രാമകാര്യം മറന്നപ്പോലെ ലക്ഷ്മണൻ കോപിച്ചു പോവാണ് സുഗ്രീവനെ ഒന്ന് ഭയപ്പെടുത്താനായിട്ട് പോകുമ്പോ സ്വഭാവോക്തി അലങ്കാരം അങ്ങോട്ട് പോകുമ്പോ രണ്ടു കൊരങ്ങന്മാർ കാവല നിൽക്കണു സുഗ്രീവന്റെ കൊട്ടാരത്തിന് അപ്പൊ കൊരങ്ങന്മാരുടെ സ്വഭാവം കാണിക്കാണ് ഗേറ്റ് തുറന്നിരിക്കണു അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളു ലക്ഷ്മണൻ കോപത്തോടെ വന്ന് വില്ല് ഞാണു വലിച്ചപ്പോ കൊരങ്ങൾ രണ്ടും മദലിന്റെ മേലെ ചാടി ഉള്ളിലേക്ക് പോയിരുന്നു സുഗ്രീവന്റെ അടുത്ത് പോയി പറയാൻ ഗേറ്റ് തുറന്നാലും അതിന്റെ ഉള്ളിൽ കൂടെ പോകാൻ പാടില്ല ഇങ്ങനെ പോകണോ അത്രേ രണ്ടും രണ്ടു വശത്തു കൂടെ മതലും മേലെ കൂടെ ചാടി ഉള്ളിൽ പോയി അവിടെ പോയി സുഗ്രീവനോട് പറഞ്ഞാൽ സുഗ്രീവൻ ഏത് രാമണൻ ഏത് ലക്ഷ്മണൻ ഏത് രാമൻ ചോദിക്കും എന്താന്ന് വെച്ചാൽ മധുപാനം ചെയ്തു ഒക്കെ മറന്നിട്ട് രൂമയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ലക്ഷ്മണൻ വന്നൊന്നും വില്ലങ്ങളുടെ ഒന്ന് ശബ്ദം വഴുക്കി വീണു അത്രേ പേടിച്ചിട്ട് എന്നിട്ട് ഒരുവിധം ബോധം വന്ന സുഗ്രീവൻ പറഞ്ഞു രാമകാര്യം മറന്നിട്ടില്ല എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് മലവെള്ളം പോലെ കൊരങ്ങുകൾ വന്ന് നിറഞ്ഞു എന്നാണ് പല സ്ഥലങ്ങളിൽ നിന്നും കൊരങ്ങുകൾ വന്ന് നിറഞ്ഞു സുഗ്രീവ വൃക്ഷാണാം വീക്ഷ്യ ദിക്ഷുദ്രുത മത ദൈതാമാർഗണായാവനം എല്ലാം വന്ന് നമസ്കരിച്ചു തോന്നുന്നു കൊരങ്ങുകളെയൊക്കെ പറഞ്ഞുകൊടുത്തു ഒരാൾ വടക്കിലേക്ക് പോവുക ഒരാൾ ഉത്തരദിക്കിലേക്ക് പോവുക ദക്ഷിണ ദിക്കിലേക്ക് പോവാ അഞ്ജനയൻ ജാംബവാൻ നളൻ നീലൻ അതുപോലെ അങ്കദൻ ഇവരെയൊക്കെ വിളിച്ച് ദക്ഷിണ എന്നിട്ട് ഇവർക്ക് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുത്തു ഇന്നന്നെ സ്ഥലത്ത് ഇന്നന്നെ രാജാവുണ്ട് ഇന്നന്നെ ഗുഹയുണ്ട് ഇന്നന്നെ കാടുണ്ട് ഇന്ന നദിയുണ്ട് അവിടെ ഇന്ന അസുരന്മാര് രാക്ഷസന്മാരുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും ഇന്നന്ന രീതിയിൽ ഉണ്ടാവും എല്ലാം പറഞ്ഞുകൊടുത്തു ശ്രീരാമചന്ദ്രൻ സുഗ്രീവന്റെ അറിവിനെ കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു നിൽക്ക എല്ലാരും പോയ ശേഷം സുഗ്രീവനെ അടുത്തു വിളിച്ച് ഭഗവാൻ ചോദിച്ചു കഥമേതദ് ഈ ഭൂമിയുടെ മുഴുവൻ ചുറ്റളവും അതിൽ ഇത്ര സ്ഥലങ്ങളുണ്ടെന്നും ഇത്ര നദികളുണ്ടെന്നും ഇന്നന്നെ ഗുഹകളുണ്ടെന്നും ഇവിടെ ഇവിടെ ഒക്കെ ഇന്നന്നെ ആളുകളുണ്ടാവുന്നു അവിടെ ഒക്കെ പോയി തെരയണമെന്നും എങ്ങനെ പറഞ്ഞു കൊടുത്തു സുഗ്രീപം പറഞ്ഞു ഭഗവാനെ ഇതൊന്നും ജോഗ്രഫി പഠിച്ചിട്ടുള്ള അറിവല്ല ഡയറക്ട് നോളജ് നേരിട്ട് കണ്ടു എങ്ങനെ കണ്ടു എന്ന് വെച്ചാ വാലി ഓടിച്ചപ്പോ ഇവിടെ ഒക്കെ ഓടിയിട്ടുണ്ട് ഇവിടെയൊക്കെ സകല ചന്തലും പൊന്തിലും പോയി ഒളിച്ചിട്ടുണ്ട് സകലടുത്തും പോയി ഒളിച്ചിട്ടുണ്ട കണ്ടിട്ടുണ്ട് അങ്ങനെ സകല സ്ഥലങ്ങളും വാനരന്മാർക്ക് പറഞ്ഞു കൊടുത്ത് ഹനുമാനെ അടുത്ത് വിളിച്ചു പറഞ്ഞു സുഗ്രീവന്റെ അവിടെ കണ്ടുപിടിച്ചു ആഞ്ജനേയനെ കാര്യം നടത്തുള്ളൂ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി സന്ദേശം അങ്കുലീയം പവന സുതകരേം മോദശാലി പരമസന്തോഷത്തോടുകൂടെ സന്ദേശത്തിനെയും മോതിരത്തിനെയും ആഞ്ജനേയന്റെ കയ്യിൽ കൊടുത്തു സന്തോഷപ്പെട്ടു എന്നാണ് ഭഗവാൻ മോദശാലി മാർഗേ മാർഗേ മാര്ഗേ കിര ്രയാസ അനേക മാർഗങ്ങളിലും മാർഗണം ചെയ്തു കരിങ്ങന്മാര് ദേവിയെ അന്വേഷിച്ചു ഒരു മാസത്തിനുള്ളിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ പോയവരൊക്കെ തിരിച്ചു വന്നു ദക്ഷിണതെക്കിലേക്ക് പോയ വാനരന്മാർ പല സ്ഥലങ്ങളിലും ചുറ്റി ചുറ്റി അവസാന അപ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കുന്നു സുഗ്രീവൻ പറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി എന്ത് ചെയ്യും എവിടെ പോയി തെരയും അങ്ങനെ അന്വേഷിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് സമ്പാതിയെ കണ്ടതും സമ്പാദിയിൽ നിന്ന് ദേവി ലങ്കയിലുണ്ടെന്ന് അറിഞ്ഞതും ലങ്കയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചതും ഇനി ആര് ചാടും നൂറ് യോജന നൂറു യോജന ചാടാൻ ഉള്ള വിഷമം എങ്ങനെ ചാടും ഈ നൂറു യോജന സമുദ്രം തരണം ചെയ്യണമല്ലോ അങ്ങനെ ഓരോ കുരങ്ങന്മാരായി പറഞ്ഞു ഒരാൾ അഞ്ച് യോജന എന്ന് പറഞ്ഞു ഒരാൾ അഞ്ചേ ഒരാൾ അഞ്ചേ ആറ് ആറേ ആറര ആറേ ഇങ്ങനെ പോടും ഒന്നു വേണമെങ്കിൽ നീളുന്നില്ലേ പത്ത് കടക്കാനെ കുറെ നേരമായി അവസാനം ഒരാൾ പത്തു യോജന എന്ന് പറഞ്ഞപ്പോൾ ഒരു കുരങ്ങൻ വന്ന് ശേഖരിക്കാണ്ട് കൊടുത്തു പക്ഷെ പത്തു യോജന ചാടിയിട്ട് എന്ത് കാര്യം വേറെ ഒരാൾ പറഞ്ഞു പതുക്കെ നീണ്ടു നീണ്ടു വന്നിട്ട് മേലെയുള്ള ആളുകളൊക്കെ ഗൌരവമായിട്ടിരിക്കുകയാണ് ഇരുപത് യോജന ചാടാൻ ധൈര്യമുള്ളവൻ ഇവരൊക്കെ കഴിയട്ടെ എന്നിട്ട് നമ്മളുടെ കഴിവ് പറയാം അയാൾ ഇരുപത് യോജനക്കാരന് അവസാനം വന്നു ഇരുപത് യോജന വന്നിട്ട് എന്ത് കാര്യം കടലിൽ വീഴണം ഇങ്ങനെ പതുക്കെ വലിയ വലിയ കുരങ്ങന്മാരൊക്കെ വന്ന് പറഞ്ഞു നാൽപ്പത് അമ്പത് അറുപത് അവസാനം ജാംബവാൻ വരെ എത്തി ജാംബവാൻ പറഞ്ഞു ഞാനും ചാടും ഒരു തൊണ്ണൂറ് യോജന ചാടും തൊണ്ണൂറ് യോജന ചാടിയാൽ പക്ഷെ എന്തു പ്രയോജനം പണ്ട് ഭഗവാൻ വാമനായി അവതരിച്ച് ത്രിവ ത്രിവിക്രമനായിട്ട് ലോകം മുഴുവൻ അടന്നു നിന്നപ്പോ ഭഗവാന്റെ ചുറ്റും ബേരി കൊട്ടിക്കൊണ്ട് ഇരുപത്തിമൂന്ന് പ്രാവശ്യം ഞാൻ പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട് ഈ ഇങ്ങനെയാണ് പഴയ കാര്യം പറയും ഇപ്പൊ ഇപ്പഴത്തെ കാര്യമൊന്നും പറ്റില്ല ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയും അപ്പൊ ജാമ്പാനെങ്ങനെയാണ് ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി അപ്പൊ പറഞ്ഞു നിർ നിവൃത്തിയില്ല കാരണവരവിടെ ഇരിക്ക എന്താന്ന് വെച്ചാൽ ഈ പത്ത് യോജന ചാടുന്നവനും തൊണ്ണൂറ് യോജന ചാടുന്നവനും ഒരേപോലെ തന്നെ പത്ത് യോജന ചാടുന്നവൻ ഈ കരയിൽ കടല് വീഴും തൊണ്ണൂറ് യോജന ചാടുന്നവൻ ആ കരയില് കടല് വീഴും രണ്ടും കടല് വീഴും അതുകൊണ്ട് കാര്യമില്ല അംഗതനെ വിളിച്ചു ചോദിച്ചു അംഗതമോ ഞാൻ ചാടും പക്ഷെ ചാടിയിട്ട് ലങ്കയും കടന്ന് അപ്പുറം പോയി വീണാലോ എന്നാണ് ഇപ്പൊ സംശയം അപ്പൊ എന്നാലും വേണ്ട അംഗതം വേണ്ട അങ്ങനെ ഇരിക്കുമ്പോ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആഞ്ജനേയസ്വാമി ഒന്നും പറയാതെ ഇരിക്കണം അദ്ദേഹത്തിനൊന്നും പറയാനില്ല അദ്ദേഹം ഏകാന്തത്തിൽ ഇരിക്കുന്നു ജാമ്പവാൻ പറഞ്ഞു നമ്മളൊക്കെ എന്തിനെ ചർച്ച ചെയ്യുന്നു സർവശക്തനായ ഒരാളൊന്നും ഇണ്ടാതിരിക്കുമ്പോ നമ്മൾ എന്തിനും വിഷമിക്കണം एनं हनुमन पराहि सर्वभूतानां चोदयानम यधयिष्यूलस्वि उत्तिष्टिशादूला हे वानश्रेष्ठ अलनेक्रिलोकल अगे शक्ति सव आईट्ल പരാഹി സർവഭൂതാനാം ഹനുമന്യാ ഗതിസ്തവ അങ്ങയ്ക്ക് അറിയില്ല അങ്ങയുടെ ബലം ഞാൻ പറഞ്ഞുതരാം പൂർവകഥകളൊക്കെ പറഞ്ഞുകൊടുത്ത് ജാമ്പവാൻ ആഞ്ജനേയനെ ഉണർത്തി ഗുഹയിൽ നിന്ന് പുറത്തുവരുന്ന സിംഹത്തിനെ പോലെ രാമനാമം ജപിച്ച് ഒരിടത്തിരിക്കുന്ന ആഞ്ജനേയസ്വാമി അവിടുന്ന് എഴുന്നേറ്റു സദാ രാമ രാമേ രാമേതി രാമ രാമേ തേ സദാ രാമമാനന്ദനിഷ്യന്തകന്ദം ിബന്തം നമന്തം സുദന്തം ഹസന്തം ഹനൂമന്ത ഭജേതം നിത സദാ രാമ നാമാമൃതം തേ സദാ രാമമാനന്ദ നിഷ്യന്ത നമന്തം സുദന്തം ഹസന്തം ഹനൂമന്ത മന്തർ ഭജേതം നിത അങ്ങനെ ആഞ്ജനേയസ്വാമി സമുദ്രതരണം ചെയ്തു ആകാശത്തിലേക്ക് ഉയർന്നു പക്ഷിശ്രേഷ്ഠനായ ഗരുഡനെ പോലെ ചാടി മലയെടുത്ത് ചാടിയപ്പോ ആ വേഗത്തിൽ വൃക്ഷങ്ങളൊക്കെ കടപുഴങ്ങി കൂടെ പറഞ്ഞു ആ വേഗത്തില് നമ്മൾ ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ വൈക്കോലും പുല്ലുമൊക്കെ കുറച്ചു ദൂരത്തേക്ക് വരണ പോലെ കൂടെ പറഞ്ഞു പറന്നിട്ട് സമുദ്രത്തിൽ വീണു വാൽമീകി പറഞ്ഞു വീട്ടിൽ അതിഥികളുള്ളവര് വീട്ടിലുള്ളവരെ ദൂരത്തേക്ക് ഒക്കെ പറഞ്ഞു ബസ് സ്റ്റാൻഡ് വേറെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോലെ വൃക്ഷങ്ങൾ വീണു എന്നാണ് സ്വബന്ധും ഇവ ബാന്ധവാഹ അങ്ങനെ ആഞ്ജനേയൻ ലങ്കയിലേക്ക് എത്തുമ്പോൾ മൂന്ന് തടസ്സങ്ങള് ഒന്ന് മൈനാഗപർവ്വതം രണ്ട് സിംഹിക മൂന്ന് എന്താണ് സുരസ നാഗമാതാവായ സുരസ ഇവര് മൂന്ന് പേരെയും തരണം ചെയ്ത് ആഞ്ജനേയൻ ലങ്കയിലെത്തി ഒരു ആ സാധകന് അധ്യാത്മ ജീവിതത്തിൽ മൂന്ന് തടസ്സങ്ങൾ ഒന്ന് ജ്ഞാതികൾ ബന്ധുക്കളിൽ നിന്ന് ഏർപ്പെടുന്ന തടസ്സം അതാണ് ഈ മൈനാഗപർവതം അത് വളരെ സ്നേഹത്തിന്റെ ഭാഷയിലാണ് തടസ്സം ചെയ്തത് ഇവിടെ കുറച്ച് ഇരുന്ന് വിശ്രമിച്ചിട്ട് പോവാം വിശ്രമിക്കാൻ പാടില്ല രണ്ടാമത് പ്രാരബ്ധമാണ് ദേവപ്രചോദിതമാണ് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അത് നമ്മളെത്ര വലുതായോ അതിനേക്കാളും അത് വലുതാവും അപ്പൊ അവസാനം അതിന്റെ വായു കൂടെ പോയിട്ട് പുറത്തു വന്നൊരു നമസ്കാരവും കൊടുത്തു അപ്പൊ അത് വിട്ടു അത് അനുഭവിച്ചു തന്നെ തീർക്കണം മൂന്നാമത് നഴലുമാതിരി ഉള്ളിലിരുന്ന് വലിക്കണത് കാമക്രോധ ലോപമോഹാദികളായ തടസ്സങ്ങൾ അതാണ് സിംഹിക ഛായാഗ്രാഹി അതിനെ വേരോടെ പെഴുത്ത് കളയണം അതിനെ കൊന്നു അങ്ങനെ വീതമോഹ ആത്മവാൻ എന്ന് രാമായണം വാൽമീകി ആത്മജ്ഞാനത്തിനെ ഒരു സാധകൻ പ്രാപിക്കുന്ന പോലെ ലങ്കയെ പ്രാപിച്ചു അങ്ങനെ ലങ്കയിൽ ചെന്ന് എത്തി അവിടെ ഒക്കെ ഓടി നടന്നു ലങ്കാരാക്ഷസി ലങ്കാലക്ഷ്മി വന്നു ലങ്കാലക്ഷ്മി വന്നു ലങ്കാലക്ഷ്മി ഒന്ന് തടസ്സം ചെയ്തു ആരാടാ നീന്ന് ചോദിച്ചു എന്താന്ന് വെച്ചാൽ ഇതുവരെ ലങ്കയിൽ ഒരു കുരങ്ങൻ വന്നിട്ടില്ല ആദ്യമായിട്ട് വന്നത് നമ്മുടെ ഹനുമാനാണ് വാസ്കോ ഡാമ ഇന്ത്യയിലേക്ക് വന്ന പോലെ ലങ്കയിൽ ആദ്യം പോയി ലാൻഡ് ചെയ്ത വാനരൻ അപ്പൊ ഇതുവരെ ഒരു കുരങ്ങനെ കണ്ടിട്ടില്ല അല്പമൊന്ന് വരട്ടി കാത്വം വിരൂപനയന ഈ വികൃതമായ കണ്ണോടുകൂടെ നിൽക്കണത് നീ ആരാണോ ചോദിച്ചു ലങ്കാലക്ഷ്മിയോട് അവൾ അടിക്കാൻ പോയി ആഞ്ജനയൻ കൈകൊണ്ടുവന്ന് തടുത്തു അത്രയേയുള്ളൂ അവൾ ബോധം കെട്ടുകൊണ് അവൾ പറഞ്ഞു ഹോ അങ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി ബ്രഹ്മാവ് എന്നെ ലങ്കയിൽ പോസ്റ്റ് ചെയ്തപ്പോ പനിഷ്മെന്റ് ട്രാൻസ്ഫർ ആത്ര ലങ്കയിലേക്ക് എത്രകാലം ലങ്കില്ക്കണം എന്ന് പറഞ്ഞപ്പോ എപ്പോഴാണോ ലങ്കയിലൊരു വാനരൻ വരണത് അപ്പൊ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചവളാന്ന് തിരിച്ചു പോവാനും അതിപ്പോ എനിക്ക് സമയവും ആയിക്കഴിഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞു അങ്ങനെ ആഞ്ജനേയനെ ലങ്കയിലേക്ക് കടത്തി അദ്വാരത്തിലൂടെ മതിലിന്റെ മേലെക്കുറെ ഇടത് കാലുള്ളിൽ വെച്ച് കയറി ലങ്കയിൽ ലങ്ക മുഴുവൻ അന്വേഷിച്ചു പലയിടത്തുമായി അന്വേഷിച്ചു മ്പാതി സമ്പാദി വാക്യ പ്രോതീർണാർണോതിരന്തർണ്ണ ഗരിജനഗാം വീക്ഷ്യ ദ അങ്കുലീയം ദേവിയെ പലയിടത്തും അന്വേഷിച്ച് അവസാനം അശോകവാടികയിൽ ശിംശിപാ വൃക്ഷത്തിന് കണ്ടു ദേവിക്ക് അങ്കുലിയകം കൊടുത്തു ദേവിയെ സമാധാനിപ്പിച്ച് അശോകവാടികം മുഴുവൻ തകർത്തു രാവണനെ കാണാൻ ഒരു ഉദ്യമം അങ്ങനെ രാവണന്റെ മുമ്പിലേക്ക് ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ച് ഹനുമാനെ കൊണ്ടുപോയി അക്ഷയകുമാരൻ മുതലായ രാവണന്റെ പുത്രനെയും വധിച്ചു സൈന്യത്തിൽ ഒരുപാട് പേര് വധിച്ചു രാവണന്റെ മുമ്പിലേക്ക് പോകുമ്പോ രാവണൻ ഒരു കുരങ്ങിനെ കൊണ്ടുവരാൻ പോണു എന്ന് കാത്തുകൊണ്ടിരിക്കുകയാണ് സകല രാക്ഷസന്മാരും ഈ കുരങ്ങിനെ കാണാൻ രാവണന്റെ സദസ് മുഴുവൻ അന്ന് നിറഞ്ഞു തുളുമ്പിയിരിക്കുകയാണ് ഹൌസ്ഫുള്ളാണ് എല്ലാവർക്കും ഈ കുരങ്ങിനെ പേടിയുകൊണ്ട് എങ്കിലും എല്ലാവരും നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോഴാണ് ആഞ്ജനേയൻ അങ്ങനെ പകുതി ഇങ്ങനെ നടന്നു സദസ്സിലേക്ക് പിടിച്ചുകൊണ്ടുവരണു വരുമ്പോ രാവണന്റെ അടിവയറ്റ നിന്നും ഒരു ഇലക്ട്രിസിറ്റി പാസ്സായി അഞ്ജനെ കാണുമ്പോ രാവണൻ വാൽമീകി രാമായണത്തിൽ പറയണ വാക്കക്കിമേഷ എല്ലാരും പറഞ്ഞു കുരങ്ങു വരണു കുരങ്ങു വരണു കുരങ്ങു വരണു രാവണന് കണ്ടപ്പോ കുരങ്ങൊന്നും കണ്ടില്ല തലയിൽ കൊമ്പോടുകൂടെ ദിവ്യതേജസ്സോടുകൂടെ ഒരു കാള നടന്നു വരണത് അത്രേ കണ്ടത് ഒരു ഋഷഭം അത് കണ്ടപ്പോ ആഞ്ജന രാവണന് ശരീരം മുഴുവൻ മറച്ചു ഒരു ക്ഷണം ഹനുമാനെ കണ്ടപ്പോ കിമേഷ ഭഗവാൻ നന്ദീ സാക്ഷാത് നന്ദികേശ്വരനാണല്ലോ ഈ നടന്നു വരണത് എല്ലാരും കുരങ്ങൻ കൊരങ്ങൻ കുരങ്ങെന്ന് പറഞ്ഞല്ലോ വാനരം വാനരം എന്ന് പറഞ്ഞല്ലോ വാനരനെ ഒന്നും കാണാനില്ല ഇവിടെ കിമേഷ ഭഗവാൻ നന്ദി ഭവേത് സാക്ഷാതിഹാഗത ഏന ശബ്ദോസ്മി കൈലാസേ മയാ പ്രഹസിതേ പുരാ കൈലാസത്തില് വെച്ച് നന്ദിഗേശ്വരൻ ശവിച്ചിട്ടുണ്ട് രാവണൻ ഞാൻ തന്നെ വാനരനായിട്ട് വന്ന് തന്റെ കുലം മുഴുവൻ നശിപ്പിക്കും ആ നന്ദികേശ്വരനാണ് ഇതായിട്ട് തന്റെ മുമ്പിൽ വന്ന് നിക്കണത് പരമേശ്വര തേജസ്സാണ് കണ്ടത് അങ്ങനെ ആഞ്ജനേയസ്വാമി രാവണനെ കുറച്ചൊന്നു ഉപദേശിച്ചു ഒന്നും നടന്നില്ല അവസാനം വാലിന് തീ കൊളുത്തി ലങ്കയെ മുഴുവൻ നേരിച്ചു വാലിന് തീ കൊളുത്തി ലങ്കയെ മുഴുവൻ എരിച്ചു ബാല് തീകൊളുത്തി രാക്ഷസന്മാരും ഒക്കെ സന്തോഷിച്ചു കുരങ്ങന്റെ വാല് തീ കൊളുത്താൻ എല്ലാവർക്കും ഇഷ്ടം തുണി ചുറ്റി നമ്മുടെ ചാക്കിയർമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണത് വാലിന് തുണിചുറ്റാൻ ആദ്യം ഒരാള് മീറ്റർ കൊണ്ടുവന്ന വാല് അളന്നിട്ട് പോയി എത്ര എത്ര നീളം ഉണ്ടെന്നുള്ളത് അപ്പൊ അളന്നിട്ട് പോയി കൃത്യമായിട്ട് തുണി വാങ്ങിച്ചുകൊണ്ട് വന്നു പട്ടു എല്ലാവർക്കും കാണിച്ചു ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ എന്താ പറയാ ഈ പരിപാടി വാനരന്റെ വാലിന് തീ കൊളുത്തുന്ന പരിപാടി ഉദ്ഘാടനം അതിന് അധ്യക്ഷ പ്രസംഗം നന്ദി പ്രകടനം എല്ലാം കഴിഞ്ഞിട്ട് സംഭവം വാലിന് തീ കൊളുത്താനായിട്ട് എല്ലാവരും സദസ്സിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ മീറ്റർ കണക്കിന് തുണി കറക്റ്റായി കൃത്യമായി ചെറിയ വാല് ഇവരാരും കൊരങ്ങിനെ കണ്ടിട്ടില്ല വാലളന്നതിനനുസരിച്ച് തുണി കൊണ്ടുവന്നു ഒന്ന് ചുറ്റി ചുറ്റിയപ്പോൾ തെരീ നീളം കൂടുതല് അപ്പൊ രാക്ഷസന്മാർക്ക് സംശയം ഇടൂ തന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണെ തനിക്ക് തുന്നാനറിയില്ല അളവെടുക്കാൻ പോലും അറിയാത്തവൻ ഞാൻ കൃത്യമായിട്ടാണ് അളവെടുത്തത് എന്ന് പറഞ്ഞു തുന്നൽക്കാരൻ രാക്ഷസൻ പറഞ്ഞു എന്നാ ഒരു കഷ്ണം കൂടെ കൊണ്ടുപോകുന്നു ഇവിടെ തുണിക്ക് പഞ്ചം തുണിയൊന്നും എടുക്കുന്ന പതിവില്ല അവര് ഇപ്പൊ ഉള്ള തുണി പിന്നെയും കൊണ്ടുപോകുന്നു ഇത് കുറെ കുറേയായി ചുറ്റി ചുറ്റി ചുറ്റി കഴിയുമ്പോൾ വാല് കുറച്ച് കുറച്ച് കുറച്ചായി വാല് നീളുവോ അപ്പോഴാണ് സംശയം ഒരാൾക്ക് കൊരങ്ങിന് വാല് നീളുമായിരിക്കും രാക്ഷസം കൊരങ്ങന്മാരെ കണ്ടിട്ടില്ല അപ്പൊ ബാക്കിയുള്ള രാക്ഷസം ഏയ് അങ്ങനെയൊന്നും നീളില്ല ഇവരൊക്കെ കൂടെ നീ വാല് നീണ്ടോണ്ടേ ഇരിക്കണം അപ്പൊ എന്താ വഴി ഉള്ളത്തില് ബുദ്ധിയുള്ള ആളെ വിളിച്ചു നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യും വാല് നീണ്ടോണ്ടേ ഇരിക്കണം ഒരാള് പറഞ്ഞു ഞാൻ ഒരു വഴി പറഞ്ഞു തരാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വഴി എന്താന്ന് വെച്ചാൽ അത് അങ്ങട്ട് തള്ളി പിടിക്കുക അവിടെന്നു എന്നിട്ട് ചുറ്റാന്നു അവിടെ നിന്ന് തള്ളി പിടിച്ചിട്ട് ചുറ്റിയപ്പോ ഇയാളെയും പിടിച്ചോണ്ട് വാല് നീണ്ടു തരാ അവസാനം മതി കൊളുത്തി വിടാന്നായി വാലങ്ങട്ട് തീ കൊളുത്തി വിട്ടപ്പോ ഭഗവാൻ ഒരു ഭക്തൻ സംസാരത്തിന്റെ കെട്ടു പൊട്ടിച്ച് ചാടുന്ന പോലെ ആ ബന്ധനമൊക്കെ പൊട്ടിച്ച് ചാടി ലങ്കമുഴുവൻ തീവച്ചു ലങ്കമുഴുവൻ തീവച്ചു രാക്ഷസന്മാര് കണ്ട സ്ഥലങ്ങളിലേക്കായി ഓടി ഗൃഹഗ്രശിംഗാഗ്രതലേ വിചിത്രേ പ്രതിഷ്ഠിതോ വാനരരാജസിംഹ്യ ആദിത്യവാശിമാലി ധ്യാന ശ്ലോകമാണ് സുന്ദരകാന്ഡത്ത് അഞ്ജന രംഗം മുഴുവൻ തീ വെച്ചിട്ട് ഒരു സ്തംഭത്തിന്റെ മേലെ കയറി ഇരിക്കുക ചുറ്റും തീ വാലിലും തീ ഇടുപ്പില് കൈവെച്ച് വലത് കാൽ ഇടത് കാലിന് മേൽ കയറ്റി വെച്ചുകൊണ്ട് ഇടുപ്പില് രണ്ട് ഇടു വെച്ചുകൊണ്ട് വലത് കാൽ ഇടത് കാല മേൽ കയറ്റി വെച്ചുകൊണ്ട് ഒരു സ്തംഭത്തിന്റെ മേലെ ഇരിക്കുകയാണ് അത്ര അപ്പൊ പോലെ ജ്വലിച്ചുകൊണ്ട് അങ്ങനെ വാതാത്മജം സൂര്യമിബോ സീതാദേവി കാണുമ്പോഴും അങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ സുന്ദരകാന്ഡത്തിൽ ചില സന്ദർഭവും നമുക്ക് അത്യാശ്ചര്യകരമായ ദർശനം ഒന്ന് സീത കാണുന്നത് ആഞ്ജനേയന് ആജനേയൻ സീതയെ കാണുന്നത് സീത ആഞ്ജനേയനെ കാണുമ്പോഴും ഇങ്ങനെയാണ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ലങ്കയിലുള്ള സകല രാക്ഷസന്മാരെയും കണ്ട് കണ്ണുപൊളിച്ചുപോയ ദേവി അങ്ങനെ ആ ശാഖകളുടെ ഇടയിൽ കൂടെ അങ്ങനെ നോക്കി ശാഖയുടെ ഇടയിൽ കൂടെ നോക്കിയപ്പോ മരത്തിന്റെ മേലെ ഒരു ഉദിച്ച സൂര്യൻ ഇരിക്കണോ എന്നാണ് വാതാത്മജം സൂര്യമിബോധയസ്ഥം ഉദിക്കുന്ന സൂര്യനെ പോലെ എന്താ പരമശിവന്റെ അംശാവതാരമാണ് ശിവന്റെ വർണ്ണം തന്നെ തപ്തഹേമനികാഭം കാച്ചിയെടുത്ത പൊന്നുപോലെ ഉള്ള ശരീരം അങ്ങനെ അത്യുജ്വലമായ പരമപരിശുദ്ധമായ രൂപം അങ്ങനെയാണ് ആഞ്ജനേയനെ ദേവി ആദ്യമായിട്ട് കാണുന്നത് അത് അത്ഭുതമായ ഒരു വർണ്ണന വാതാത്മജം സൂര്യമിബോധയം അത് കഴിഞ്ഞാൽ ഈ ലങ്കയെ മുഴുവൻ എരിച്ചിട്ട് ഇരിക്കുന്ന ആ രൂപം അത് ത്രിപുരദഹനം കഴിഞ്ഞനെ പോലെ ഒരു രൂപം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ദേവിയെ ദേവിക്ക് എന്തെങ്കിലും സംഭവിച്ചോന്നൊന്ന് സംശയിച്ചു എന്നിട്ട് അതൊക്കെ തീർത്തിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നു വാനരന്മാരൊക്കെ കുറച്ചും കൂടെ കൂത്ത് ദേവിയെ കണ്ടിട്ട് വന്നതല്ലേ എല്ലാം കുറെ കുടിച്ചു അവിടെ കുറെ മധു തേൻ കുടിച്ചു തേൻ കുടിച്ചപ്പോൾ തന്നെ കൊരങ്ങന്മാർക്ക് ലഹരി പിടിച്ചു ലഹരി പിടിച്ചപ്പോഴാണ് പാട്ടൊക്കെ വരുന്നത് അത്ര സംഗീതജ്ഞാനം ചിലർക്ക് കുറച്ച് ഉള്ളിൽ പോയാലേ പാട്ട് വരുള്ളൂ കൊരങ്ങന്മാരുടെ സ്വഭാവം അവർക്ക് ഇവര് ഉള്ളിൽ പോയപ്പോ ഗായന്തി പ്രഹസന്തി പ്രണമന്തി ഒരു കുരങ്ങന് ഉള്ളില് പോയപ്പോ പാട്ട് ഗംഭീരമായി കച്ചേരി ചെയ്യാൻ തുടങ്ങിയിരുന്നു വേറൊരു കൊരങ്ങന് അടുത്തിരുന്ന് മുട്ടിൽ മൃദങ്ങം വായിക്കാം വേറെ ഒരു കുരങ്ങൻ നർത്തനം ചെയ്യാൻ തുടങ്ങി വേറെ ഒരു കുരങ്ങനും ഭക്തി വന്നു ഉള്ളിൽ ഇത്തിരി പോയപ്പോ വേറെ ഒരു കുരങ്ങിനെ പിടിച്ചു നിർത്തി നീ തന്നെ സാക്ഷാത് ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞ് നമസ്കരിക്കാൻ തുടങ്ങിയത് പ്രണമം തികേജിത്ത് വേറെ ഒരു കുരങ്ങനും ദുഃഖം മധുപാനം ചെയ്തപ്പോ ദുഃഖം വന്നിട്ട് മരിച്ചുപോയ ഓർമ്മ വന്നു കരയാൻ തുടങ്ങി അപ്പോ ഒരു കുരങ്ങിനെ അടുത്ത് പറഞ്ഞു പറഞ്ഞു നീ കരയുണ്ടാട്ടോ തനിക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ അടുത്തിരുന്ന് കണ്ണൊക്കെ തുടച്ചു കൊടുത്തു സ്നേഹം ഇതൊക്കെ സ്വഭാവോക്തി അലങ്കാരമാണ് ഇങ്ങനെ ഈ വാനരന്മാര് പരസ്പരം കോമാളിത്തരം കാണിച്ചു അവസാനം ആഞ്ജനേയസ്വാമി ശ്രീരാമചന്ദ്രന്റെ അടുത്ത് പോയി ശ്രീരാമചന്ദ്രന്റെ അടുത്ത് പോയി ദൃഷ്ടാസീത കണ്ടു സീതയേ ദൃഷ്ടാസീത ഭഗവാൻ പരമാനന്ദം കൊണ്ട് കണ്ണീര് വിട്ടു ആ അങ്കുലിയകം ദേവിയുടെ ചൂടാമണി വാങ്ങിച്ച് കണ്ണില് വെച്ചു കണ്ണീര് വിട്ടു ആഞ്ജനേയനെ ആലിംഗനം ചെയ്തു ഞാൻ എന്തു തരും ഹനുമാൻ എന്ത് തരാൻ പറ്റും എനിക്ക് താങ്കൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും കഴിയാതെ പോവട്ടെ എന്ന് ആശീർവദിച്ചു നരപ്രത്യുപകാരാർത്ഥി വിപക്തിമഭികാംക്ഷതി പ്രത്യുപകാരം ചെയ്യണം എന്ന് ആഗ്രഹിക്കരുത് ആർക്കും പ്രത്യുപകാരം ചെയ്യാൻ ആഗ്രഹിക്കരുത് അത്രേ വെച്ചാൽ പ്രത്യുപകാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ആരോ ആക്സിഡന്റായിട്ട് വഴിയിൽ കിടക്കണോ നമ്മളെന്തോ കാരുണ്യം കൊണ്ട് അയാളെ കാറിൽ എടുത്തിട്ടു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബോധം കെട്ടി കിടക്കുന്ന ആൾക്ക് ബോധം തെളിഞ്ഞു തെളിഞ്ഞുടനെ അവരെ നമ്മളെ കണ്ടുപോയോ അങ്ങാണോ എനിക്ക് ഇത്ര ഉപകാരം ചെയ്തു ഇതേപോലെ അങ്ങക്കും ഞാൻ ഉപകാരം ചെയ്യണം എന്ന് പറഞ്ഞ നമ്മൾ ഇതേപോലെ ആക്സിഡന്റായി കിടക്കേണ്ടി വരും അയാൾ കൊണ്ടുപോണ്ടി വരും ആശ് അപ്പോ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ഇതുപോലെ ഒരു കഷ്ടകാലം അങ്ങുകാലത്ത് വരാൻ പാടില്ല അങ്ങേക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യാനുള്ള സന്ദർഭമേ എനിക്ക് കിട്ടരുത് അങ്ങനെ ആഞ്ജനേയനെ ആലിംഗനം ചെയ്തു ഭഗവാൻ ഉത്തരാഫൽഗുനി നക്ഷത്രം യുദ്ധത്തിനായി കോപ്പുകൂട്ടി സമുദ്രകരയിൽ വന്നു വിഭീഷണൻ വന്നു ത്വാമഹം ശരണം ഗത ഭഗവാന്റെ മുമ്പിൽ ശരണാഗതി ചെയ്തു ഭഗവാൻ അഭയം സർവഭൂതേഭ്യോ ദമിയേതദ് വ്രതം മമ അങ്ങയ്ക്ക് മാത്രമല്ല ആരൊക്കെ ശരണാഗതി ചെയ്യുന്നു സഹൃദേവ പ്രപന്നായ തവാസ്മീതി ജയാചതേ അഭയം സർവഭൂതേഭ്യോ ദമ്യേതത് വ്രതം മമ അവിടെ നിൽക്കട്ടെ അങ്ങനെ അഭയം കൊടുത്ത ശ്രീരാമചന്ദ്രൻ അവതാരപുരുഷനായ ശ്രീരാമചന്ദ്രൻ രാവണനിഗ്രഹാദികൾ ചെയ്ത് സീതാദേവിയെ തിരിച്ചു കൊണ്ടുവന്ന് അയോധ്യയിൽ വന്ന് പട്ടാഭിഷിക്തനായി രാമോ രാമോ രാമ ഇതി അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ കഥയെ ഭട്ടതിരി ഉത്തരരാമായണ പര്യന്തം പറഞ്ഞു നമുക്കത് പറയാനുള്ള സമയമില്ല പരശുരാമാവതാരം എല്ലാവർക്കും അറിയാം പരശുരാമന നമസ്കാരം ത്തെ ദശകം കൃഷ്ണാവതാരത്തിനെ ചുരുക്കി പറയാം ചുരുക്കി പറയാം സാദ്രനന്ദതോഹരേനുപുരാ ദൈവാസുരേ സങ്കരേ ത്കൃത്തേഷവശതാ ഗതി ഭൂതലജന്മനുവാണ ദുരാർ ഭൂമി പ്രാപരിഞ്ഞ്ജ്രിതപദൈ പുരൈവാഗതൈ